അതാണ് സ്വാമി എപ്പോഴും പറയണം ആശയത്തെ ആമാശയം കൊണ്ട് നേരിടരുത് സൂക്ഷിച്ചിരിക്കണം എന്ന് പറയണം ഏതാം സമഷ്ടി രാജസംശാത് പഞ്ചപ്രാണാഹ അസംഭൂതാഹ എന്റെ സമഷ്ടി ഭാവം കൊണ്ടാണ് പഞ്ചപ്രാണന്മാർ ആവിർഭവിച്ചത് ഏതാം പഞ്ചതത്വാനാം താമസംശാത് ഇനി അതിൻ്റെ സമഷ്ടിയുടെ എന്താ പറയുക ഓരോന്നിൻ്റെ പഞ്ചതത്വങ്ങളുടെ താമസ പഞ്ചീകൃത പഞ്ചഭൂതാനി ഭവന്തി അത് പഞ്ചീകരിക്കപ്പെട്ട പഞ്ചഭൂതങ്ങളായി ഭവിച്ചു നമ്മൾ കണ്ടു പഞ്ചീകരണം പഞ്ചീകരണം കഥം ഇതി ചേത് എന്താണ് ഈ പഞ്ചീകരണം ഏതാം ഓർക്കുക അതിന് സംസ്കൃത ശ്ലോകം പറയാൻ പോവുക ഏതാം പഞ്ചമഹാതാം താമസാംശസ്വരൂപം ഏകമേകം തത്വം ദ്വിധാ വിഭജ്യ ഏകമേകം പൃഥക്തൂഷീം വ്യവസ്ഥാപ്യ അപരമപരമർദ്ധം ചതുർഥ വിഭജ്യ സ്വാർത്ഥം അന്യേഷു അർദ്ധേഷു ഓർമ്മ വരുന്നുണ്ടല്ലോ പറയുന്നതൊക്കെ അന്യേഷു ഷൂ ഷൂ എന്ന് പറഞ്ഞാൽ കാലിലിടുന്ന ഷൂ അല്ല സ്വഭാഗ ചുഷ്ടയം സംയോജനം കാര്യം തഥാ പഞ്ചീകരണം ഭവതി ഇന്നലെ പറഞ്ഞത് ഭവതി ഇനി അത് ആവർത്തിക്കുന്നില്ല ഏതേഭ്യ പഞ്ചീകൃത പഞ്ചമഹാഭൂതേഭ്യ പ്രത്യേകം ബ്രഹ്മാണ്ടം സംഭൂതം എന്താണ് ബ്രഹ്മാണ്ടം ഈ പഞ്ചീകൃത പഞ്ചമഹാഭൂതങ്ങ ഭൂതങ്ങളിൽ ഓരോന്നിൽ നിന്നും പ്രത്യേകം ബ്രഹ്മാണ്ടം ബാലെ ബഷ് അനന്തകോടി ബ്രഹ്മാണ്ടം ഇവിടെ ഒരു ഭൂമിയുടെ ഒരു കോണിൽ ഇരുന്നിട്ടാ ഈ കരയോഗത്തിലിരുന്നത് പറയുമ്പം അനേക ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ട് എന്ന് പറയാം അതിലൊരു ബ്രഹ്മാണ്ടം ഒരു സൂര്യൻ ഇങ്ങനെ അനേകം ഉണ്ടായിരുന്നു ശരി വലിയ അനേകത്തിലേക്കൊന്നും പോകണ്ട നമുക്ക് ഏതൻ മധ്യേ ചതുർദശ ഭുവനാനി ജാതാനി ഇതില് പതിനാല് ലോകങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്രയൊക്കെ പറഞ്ഞത് ശരി ഭൂ ഭുവ സ്വ മഹ ജന തപ സത്യം ഇങ്ങനെ ഊർധ്വലോകങ്ങൾ അതല വിതല സുതല തലാതല രസാതല പാതാളം ഇങ്ങനെ അധോ ലോകങ്ങൾ ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്നവനാരോ അവനാണ് ഈശ്വരൻ സമഷ്ടി ശരീരാഭിമാനി ടോട്ടാലിറ്റി അതാണ് ഈശ്വരൻ ഏവം പിഹ്മാണ്ടയോ ഐക്യം സംഭൂതം ഇപ്രകാരം പിഡബ്രഹ്മാണ്ടങ്ങളുടെ ഐക്യം സംഭവിക്കുന്നു അറിവിലാണിത് സംഭവിക്കുന്നത് സ്ഥൂല ശരീരാഭിമാനി ജീവനാമ ജീവനാമകം ജീവനാമകം ബ്രഹ്മപ്രതിബിംബ ബ്രഹ്മപ്രതിബിംബം ഭവതി സ ഏവ ജീവ പ്രകൃത്യ സ്വസ്മാത് ഈശ്വരം ഭിന്നത്വേന ജാനാതി എന്താ അതിൽ സംഭവിക്കുന്നത് സ്ഥൂല ശരീരാഭിമാനി സ്ഥൂല ജീവൻ ബ്രഹ്മത്തിന്റെ പ്രതിബിംബമാണ് ജീവനാമകം ബ്രഹ്മപ്രതിബിംബം ഭവതി അതുകൊണ്ട് സഏവ ജീവ ആ ജീവൻ തന്നെ പ്രകൃതിയ പ്രകൃതിയാൽ പ്രകൃതിയാ പറയുമ്പോൾ മായയാ മായയാല് സ്വസ്മാത് സ്വസ്മാത് എന്താ സ്വസ്മാത് ഈശ്വരം ഭിന്നത്വേന ജാനാതി ഈശ്വരനെ തന്നിൽ നിന്നും ഭിന്നമായി കാണുന്നു എന്തുകൊണ്ട് മായകൊണ്ട് അവിദ്യോപാധി സന്ന് ആത്മാ ജീവ ഇതി ഉച്ച അവിദ്യ അജ്ഞാനം എന്ന ഉപാധിയിലൂടെ പ്രകടമാകുന്ന ആത്മാവിനെയാണ് ജീവൻ എന്ന് പറയുന്നത് ഇതൊക്കെ ഇപ്പൊ മനസ്സിലായാൽ മനസ്സിലായി ഇല്ലെങ്കിൽ ഒരു കാലത്തും മനസ്സിലാവില്ല ഉം അവിദ്യയിലൂടെ പ്രകടമാകുന്ന ആത്മാവാണ് ജീവൻ ജീവോ ബ്രഹ്മൈവ നാപര ഇപ്പൊ പിടികിട്ടിയാൽ കിട്ടി ഇത്രയും കേട്ടാ മായോപാധി സന്ന് ഈശ്വര ഇത് ഉച്ചത് മായ എന്ന ഉപാധിയിലൂടെ അത് പ്രകടിതമാകുമ്പോൾ എന്താണ് ആത്മാവ് ഈശ്വരൻ പറയുന്നു ഏവം ഉപാധി ഭേദാത് ജീവേശ്വരഭേദദൃഷ്ടി യാവര്യന്തം തിഷ്ടതി ശരിക്കു പഠിച്ചു വെച്ചോളൂ ഏവം ഉപാധിഭേദാത് ജീവേശ്വരഭേദൃഷ്ടി യാവത്പര്യന്തം തിഷ്ടതി താവത്പര്യന്തം ജന്മമരണാതിരൂപസംസാര നവർത്ത എന്താണ് പറയുന്നത് ഏവം ഉപാധിഭേദാത് ഏവം ഇപ്രകാരം ഉപാധിഭേദം കൊണ്ട് ഉപാധിയിലുള്ള ഭേദം കൊണ്ട് ജീവേശ്വര ഭേദദൃഷ്ടിഹി ജീവനും ഈശ്വരനും ഭിന്നമാണെന്ന് തോന്നൽ യാവത്പര്യന്തം തിഷ്ടതി എത്രകാലം നിലനിൽക്കുന്നുവോ താവത്പര്യന്തം അത്രകാലം എന്തു നിലനിൽക്കും ജന്മമരണാതിരൂപ സംസാര ജന്മം മരണം ഇത്യാദി സംസാരത്തിൽ നിന്ന് ന നിവർത്തന്തേ അവന് മോചനമില്ല തസ്മാത് കാരണ ജീവേശ്വരയോ ഭേദബുദ്ധി ന സ്വീകാര്യ അതുകൊണ്ട് തന്നെ ജീവനും ഈശ്വരനും തമ്മിൽ ഭേദബുദ്ധി സ്വീകാര്യമല്ല വ്യഷ്ടി ഉപാധിതമായിട്ടുള്ള ജീവനും സമഷ്ടി ഉപാധിയായിട്ടുള്ള ഈശ്വരനും തമ്മിൽ ഭേദം കൽപ്പിക്കുന്നവൻ അവനിലെന്തുണ്ട് ജനിമൃതികളുണ്ട് എന്ന് പറയുക അവനാണ് ജനിമൃതികൾ അല്ലാത്തവനോ ജനിമൃതികളില്ല അപ്പൊ എപ്പോഴാണ് ഒരു കുമിള കുമിളയല്ല സമുദ്രമാണെന്നറിയുന്നത് അല്ലെങ്കിൽ സമുദ്രത്തിന് പോലും ആധാരമായ ജലമാണെന്നറിയുന്നത് ആ നിമിഷം കുമിളയ്ക്ക് ജനിമൃതികളില്ല അല്ലാതെ കുമിള കുമിളയായി നിലനിൽക്കുമ്പം കുമിളയ്ക്ക് ജന്മമുണ്ട് കുമിളയ്ക്ക് നിലനിൽപ്പുണ്ട് കുമിളയ്ക്ക് ഈ പറഞ്ഞിട്ടുള്ള അസ്ഥിജായതേ വർദ്ധതയെ വിപരീണമതേ അപക്ഷീയത വിനശ്യതി ഇത്യാദി ഷഡ് വികാരങ്ങളുണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുണ്ട് പക്ഷെ ഞാൻ സമുദ്രത്തിന് പോലും ആധാരമായ ജലമാണെന്നറിയുന്ന സമയത്ത് കുമിളയ്ക്ക് സമുദ്രത്തിൽ നിന്ന് വേറിട്ടൊരു നിലനിൽപ്പില്ല എന്ന് പറയും തസ്മാത് കാരണാത് ഈ കാരണം കൊണ്ട് തന്നെ ജീവേശ്വരയോ ഭേദബുദ്ധി ന സ്വീകാര്യ ആ ഭേദബുദ്ധി സ്വീകാര്യമല്ല ഇതാണ് ഇതുവരെയാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇനി ആചാര്യസ്വാമികള് ഒരു കുറച്ചൊരു ഗൗരവമുള്ള ഒരു വിഷയം അവതരിപ്പിക്കുന്നു നനു നനു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇരിക്കട്ടെ എന്നൊക്കെയാണ് വേദാന്തത്തിൽ നനു എന്ന് പറഞ്ഞാൽ പൂർവപക്ഷം ഉന്നയിച്ചുകൊണ്ട് എന്താ പ്രശ്നത്തിലേക്ക് പ്രശ്നത്തിൻ്റെ ഗൗരവത്തെ ഒന്നുകൂടെ നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി അരക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടി ചോദിക്കണം സാഹങ്കാര കിഞ്ചിജ്ഞസ്യ ജീവസ്യ നിരഹങ്കാര സർവജ്ഞ ഈശ്വരസ്യ തത്വമസി ഇത് മഹാവാക്യാത് കഥം അഭേദബുദ്ധി സാദ് ഉഭയോഹോ വിരുദ്ധധർമ്മ വിരുദ്ധധർമാക്രാന്തത്വാത് ചോദ്യം ഇപ്പം ഈ തത്വബോധം ഇവിടെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കൊരു സംശയം തോന്നാറുണ്ട് തത്വബോധം വേദാന്തത്തിലേക്ക് കടക്കുന്ന ഒന്നാമത്തെ ഗ്രന്ഥമായിട്ടാണ് പറയാറ് പ്രകരണ ഗ്രന്ഥം പക്ഷെ എവിടെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ കുറേം കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു എന്താണ് ഇവിടെ ചോദിക്കുന്നു അങ്ങനെയാണെങ്കിൽ സാഹങ്കാര കിഞ്ചിജ്ഞ ജീവസ്യ ജീവനെ നിർവചിക്കുക നമ്മളെ ആരാണ് ഇവൻ അഹങ്കാരിയാണ് അഹങ്കാരത്തോടുകൂടിയവനാണ് അതുപോലെ അൽപജ്ഞനാണ് നിരഹങ്കാര സർവജ്ഞ ഈശ്വരസ്യ ഭഗവാൻ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാണ് നിരഹങ്കാരിയാണ് അതേപോലെ സർവജ്ഞനാണ് ഒന്ന് അൽപജ്ഞനാണെങ്കിൽ ഒന്ന് സർവജ്ഞനാണ് ഒന്ന് അഹങ്കാരിയാണെങ്കിൽ ഒന്ന് നിരഹങ്കാരിയാണ് ഈ രണ്ടിൻ്റെയും പറയണു തത്വമസി ഇതി മഹാവാക്യാത് തത്വമസി പോലുള്ള മഹാവാക്യം കഥം അഭേദ ബുദ്ധിഹീസിയാത് ഉഭയോഹോ വിരുദ്ധ ധർമാക്രാന്തത്വാത് ഇതിലെന്തുണ്ട് ഈ സർവജ്ഞനായിട്ടുള്ള ഈശ്വരനും അല്പജ്ഞനായിട്ടുള്ള ജീവനും തമ്മില് ഭേദം ഇല്ല എന്ന അഭേദ ബുദ്ധി എങ്ങനെ സംഭവിക്കും ഇതാണ് ചോദ്യം തത്വമസി എന്ന് പറഞ്ഞാൽ എന്താ അത് നീയാകുന്നു എന്ന് അപ്പം ഒരു ജീവനെ സംബന്ധിച്ച് ഇവിടെയൊക്കെയാണ് ഈ ആൾ ദൈവം എന്നുള്ളതൊക്കെ നന്നായി അങ്ങോട്ട് ഉറപ്പാക്കണം നമുക്കൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട് ഞാൻ ഈശ്വരനാണെന്ന് പറഞ്ഞ വലിയ വിഷമാണ് മറ്റുള്ളവർക്ക് നമ്മൾ ഈശ്വരനാണ് എന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ ഈശ്വരനാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവരും സമ്മതിച്ചു തരില്ല എന്തുകൊണ്ട് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മിൽ നിന്നൊക്കെ അന്യമായി വേറൊരാളാണ് മൂപ്പരെ ഒരു കാലത്തും കാണാൻ കിട്ടില്ല അപ്പൊ ഇവിടെ പറയുന്നു ഇത് വിരുദ്ധമായിട്ടുള്ളൊരു ധർമ്മമല്ലേ ഒരു ചോദ്യമാണ് രണ്ടിൻ്റെയും ധർമ്മങ്ങൾ വിരുദ്ധമാണല്ലോ അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഒന്ന് എന്നെങ്ങനെ ഇതിനെ സ്വീകരിക്കും ഇതെങ്ങനെ സ്വീകാര്യമാകും പറയണു ഉത്തരം എന്താ ഈ സംശയം എങ്ങനെയാണ് നിവർത്തിക്കുന്നത് ഇത് ചെയ്ത് ന അത് അങ്ങനെയല്ല എങ്ങനെയാണ് അതിനോ മനസ്സിലാക്കേണ്ടത് സ്ഥൂല സൂക്ഷ്മ ശരീരാഭിമാനി ത്വം പദ വാച്യാർത്ഥ എന്താണ് സ്ഥൂല സൂക്ഷ്മ ശരീരാഭിമാനി ത്വം പദ വാച്യാർത്ഥ സ്ഥൂല സൂക്ഷ്മ ശരീരാഭിമാനി എന്നത് ത്വംപദത്തിന്റെ വാച്യാർത്ഥമാണ് ലക്ഷ്യാർത്ഥവും വാച്യാർത്ഥവും അല്ലേ സൂചി കുത്താൻ സ്ഥലവും ഇല്ല കൊണ്ടൊരു കുത്തി കാണിച്ചു തരാം എന്നാരെങ്കിലും പറഞ്ഞാലേ അങ്ങനെയല്ല സൂചി കുത്താൻ സ്ഥലമില്ല എന്നുള്ളതിന് എന്തുണ്ട് ലക്ഷ്യാർത്ഥമുണ്ട് വാച്യാർത്ഥത്തിൽ ആരും അതിനെ എടുക്കാറില്ല അപ്പൊ സ്ഥൂല സൂക്ഷ്മ ശരീരാഭിമാനി എന്നത് ത്വംപദത്തിന്റെ വാച്യാർത്ഥമാണ് അപ്പോൾ എവിടെയാണെങ്കിൽ തത്വബോധ തത്വബോധത്തിൽ ഇങ്ങനെ ഒരു സംശയം ചോദിക്കുന്ന സമയത്ത് ഉപനിഷത്ത് കഴിഞ്ഞിട്ടാണല്ലോ തത്വബോധം പഠിക്കേണ്ടതെന്ന് തോന്നും അതെ ഇതെല്ലാം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വായിക്കുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ആഴമുണ്ടെന്ന് പറയാം ഓരോ ഗ്രന്ഥങ്ങളും അങ്ങനെയാണ് അതുകൊണ്ട് സ്വാമിയുടെ എറി എളിയ അറിവ് വെച്ചിട്ട് നമുക്ക് തോന്നിയത് ഉപനിഷത്തിലാണ് ആദ്യം തുടങ്ങേണ്ടതെന്നാണ് നമുക്ക് തോന്നിയത് കാരണം ഉപനിഷത്തിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പുരാണമൊക്കെ നന്നായി മനസ്സിലാവും അതാണതിൻ്റെ ആരംഭം പക്ഷെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നു ഉപനിഷത്ത് മനസ്സിലാവില്ല എന്ന് എന്തായാലും ഇത് ആ ഇവിടെ ഈ സംശയത്തെ നിവാരണം ചെയ്യുന്നു അതായത് സ്ഥൂല സൂക്ഷ്മ ശരീരാഭിമാനി ത്വം പദ വാച്യാർത്ഥ ഉപാധി വിനിർമുക്തം സമാധിദശാസമ്പന്നം ശുദ്ധചൈതന്യം ത്വംപത ലക്ഷ്യാർത്ഥ എന്താണ് ഉപാധികളിൽ നിന്ന് മുക്തമായിട്ടുള്ള നേരത്തെ പറഞ്ഞു ആത്മാവിനെ കുറിച്ച് പറഞ്ഞപ്പം വള മാല ഇത്യാദികൾ എൻ്റെത് എന്ന് എപ്രകാരം പറയുന്നുവോ എൻ്റെത് ഞാനല്ലാതിരിക്കുന്നത് പോലെ ആത്മാവിന് ഇതിനോടൊന്നും ബന്ധമില്ല ഉം പറയുന്നു എന്താണ് ഉപാധികളിൽ നിന്ന് മുക്തവും അതുപോലെ സമാധി ദശയെ പ്രാപിച്ചതുമായ സമാധിയിലൂടെ എന്താ പറയുക സാധ്യമാകുന്ന സിദ്ധമാകുന്ന ആ ശുദ്ധ ചൈതന്യം എന്നാണ് ത്വമ്പതത്തിന്റെ എന്ത് ലക്ഷ്യാർത്ഥം അപ്പൊ ത്വംപദത്തിന് വാച്യാർത്ഥവും ലക്ഷ്യാർത്ഥവും ഉണ്ട് പക്ഷെ തൊമ്പദത്തെ ഒരാള് ഈ ശരീരമനോബുദ്ധി ഉപാധികളാകുന്ന ഈ സംഘാതം ആ ഈശ്വരനാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ യോജിക്കും എന്നായിരുന്നു ചോദ്യം അതിന് ആചാര്യസ്വാമികൾ തന്നെ ഗുരുഭാവത്തിൽ നിന്നുകൊണ്ട് വാച്യാർത്ഥവും ലക്ഷ്യാർത്ഥവും ഉണ്ട് തുടർന്ന് ഏവം സർവജ്ഞാതി വിശിഷ്ട ഈശ്വര തത്പദ വാച്യാർത്ഥ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ ഇതിൽ ഇല്ലല്ലോ ഒന്ന് ശരിക്കൊന്ന് ഉള്ളിലേക്ക് ശ്വാസമൊക്കെ എടുത്തിരുന്നുള്ളൂ അതായത് ചോദ്യം ചോദിച്ചു ഈശ്വരനും പ്രകൃതിയും ഞാനും ഞാൻ പ്ര ഈ പ്രപഞ്ച ഈശ്വരൻ എന്ന് പറയുന്ന ഒരാൾ നമുക്കിപ്പോൾ അറിയില്ല ഇരിക്കട്ടെ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ കാരണമായിട്ടുള്ള ഒന്ന് ആ കാരണമായിട്ടുള്ളത് തന്നെയാണ് ഞാൻ അപ്പം ഞാനും ഈശ്വരനും രണ്ടല്ല ഒന്നാണ് എന്ന് എന്നറിയുന്നുവോ അന്ന് ജനിമൃതികളിൽ നിന്ന് മോചനമുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് നിർത്തിയിട്ട് ഒരു സംശയം വന്നു അതെങ്ങനെയാണ് ശരിയാവുന്നത് ഈശ്വരനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എന്താ ഈശ്വരനെ കുറിച്ച് കേട്ടത് ഈശ്വരൻ സർവജ്ഞനാണ് സർവശക്തിമാനാണ് സർവ്വവ്യാപിയാണ് ഇത്യാദികളൊക്കെ പക്ഷെ ഞാനോ അൽപജ്ഞനാണ് അഹങ്കാരിയാണ് പിന്നെ അൽപശക്തനാണ് അതുപോലെ സർവവ്യാപിയാണോ അല്ല പരിമിതനാണ് എന്നൊക്കെയാണ് അപ്പോൾ ഇതെങ്ങനെ ശരിയാകുമോ അപ്പൊ പറയുന്നു ഇതിനെങ്ങനെ വേണം സ്വീകരിക്കാൻ സ്ഥൂലസൂക്ഷ്മ ശരീരാഭിമാനിയെ തൊമ്പതവാച്യാർത്ഥത്തിലൂടെ അറിയണം സ്ഥൂലസൂക്ഷ്മ ശരീരത്തിൽ അഭിമാനിക്കുന്ന എന്നാൽ അതിന് തന്നെ ലക്ഷ്യാർത്ഥമുണ്ട് ആ ലക്ഷ്യാർത്ഥം എവിടേക്കുള്ളതാണ് ഈ ഉപാധികളിൽ നിന്നെല്ലാം ഭിന്നമായ ശരീര മനോബുദ്ധി ഉപാധികൾക്കപ്പുറത്തുള്ള ആ ബോധമാണ് ആ ബോധത്തിലേക്കുള്ളതാണ് സമാധിയിലൂടെ പ്രാപ്യമാകുന്ന ആ ഭാവം അതാണെന്ന് പറയാം ഏവം ഇപ്രകാരം സർവജ്ഞ സർവജ്ഞത്വാദി ഗുണങ്ങളാല് വിശേഷിപ്പിക്കപ്പെട്ട ഈശ്വരൻ എന്താണ് സർവജ്ഞാദി വിശിഷ്ട ഈശ്വര തത്പദ വാച്യാർത്ഥ അങ്ങനെ സർവജ്ഞ സർവ സർവജ്ഞ ഭാവത്തോടുകൂടിയിട്ടുള്ള ആ ഗുണങ്ങളെ കൊണ്ട് വിശേഷിപ്പിച്ചിട്ടുള്ള ഈശ്വരൻ തത്പദത്തിൻ്റെ വാച്യാർത്ഥമാണ് തത്വം ഇതിനെക്കുറിച്ച് പറയുകയാണ് ഉപാധിശൂന്യം ശുദ്ധ ചൈതന്യം തത്പദ ലക്ഷ്യാർത്ഥ അപ്പൊ അവിടെയും ഒരു വാച്യാർത്ഥവും ലക്ഷ്യാർത്ഥവും പറയുന്നു അവിടുത്തെ വാച്യാർത്ഥം എന്താണ് എന്താണ് ഒന്ന് മനസ്സിലാക്കൂ എന്താ സർവജ്ഞാതി ഗുണങ്ങളാൽ വിശേഷിപ്പിക്കപ്പെട്ട ഈശ്വരനിൽ ഈശ്വരൻ തത്പഥത്തിന്റെ വാച്യാർത്ഥം അപ്പൊ ലക്ഷ്യാർത്ഥോ ഉപാധിശൂന്യം ശുദ്ധ ചൈതന്യം തത്പദ ലക്ഷ്യാർത്ഥ ഉപാധിശൂന്യമായ ശുദ്ധചൈതന്യമാണ് തത്പദത്തിന്റെ ലക്ഷ്യാർത്ഥം ജീവേശ്വരയോ ചൈതന്യരൂപേണ അഭേദേ ബാധക അഭാവം ച ഇപ്രകാരം ജീവേശ്വരയോ ജീവനും ഈശ്വരനും ചൈതന്യരൂപേണ ചൈതന്യ ദൃഷ്ടിയാൽ എന്താണ് അഭേദേ ബാധക അഭാവ അഭേദഭാവം ഒരിക്കലും ഒന്നിനാലും ബാധിക്കപ്പെടുന്നില്ല ഒരിക്കലും ഒന്നിനാലും ബാധിക്കപ്പെടുന്നില്ല എന്തുകൊണ്ടെന്നാല് അല്ലെങ്കിൽ ഇത് എങ്ങനെ അറിയണം ഇനി അതൊന്നും മനസ്സിലാവുന്നില്ല എങ്കിൽ എന്താണതിന് കാരണം പറയണു ഏവച്ച വേദാന്തവാക്യൈ സദ്ഗുരു ഉപദേശേനച്ച സർവേഷു അപ്പി ഭൂതേഷു യേഷാം ബ്രഹ്മബുദ്ധി ഉത്പന്ന തേ ജീവൻ മുക്തർ ഇപ്രകാരം വേദാന്തവാക്യേഹി വേദാന്തവാക്യങ്ങളാലും സദ്ഗുരു ഉപദേശേനച്ച സദ്ഗുരുവിൻ്റെ ഉപദേശം ഹേതുവായിട്ടും സർവേഷപഭി ഭൂതേഷു എല്ലാ ജീവ ജീവജാലങ്ങൾക്ക് ജീവലോകങ്ങൾക്ക് ഏത് ലോകത്തും ഏതൊക്കെ ലോകത്ത് ജീവനുണ്ടാ ജീവനുണ്ടാകുന്നുവോ ആ ലോകത്തിലെല്ലാം ഗുരുശിഷ്യ പാരസ്പര്യം ഉണ്ടാകുന്നു ആ വേളയിലെല്ലാം തന്നെ ്രഹ്മബുദ്ധി ആർക്കാണോ ബ്രഹ്മബുദ്ധി ഉത്പന്ന ഉത്പന്നമാകുന്നത് ഈ അറിവ് പ്രകടമാകുന്നത് തേ ജീവൻ മുക്തഹ ഇതി അർത്ഥ അവരൊക്കെ ജീവൻ മുക്തന്മാരാണ് അപ്പൊ ജീവൻമുക്തൻ എന്ന് പറഞ്ഞാൽ എന്താ ഈ അറിവ് നേടിയവരാണ് ജീവൻ മുക്തൻ അല്ലാതെ മരണാനന്തരം ജീവൻ എവിടെയോ പോയി ലയിക്കുന്നതല്ല നനു ജീവൻ മുക്തഹ അങ്ങനെയാണെങ്കിൽ ആരാണ് ജീവൻ മുക്തൻ ഒരു ചോദ്യം അതിന് പറയണം ആരാ ജീവൻ മുക്തൻ യഥാ ദേഹോഹം പുരുഷോഹം ബ്രാഹ്മണോഹം ശൂദ്രോഹം ശൂദ്രോഹം അസ് ഇത് ദൃഢനിശ്ചയ അതാരാ ജീവൻ മുക്തന്റെ കാര്യ അല്ല അതായത് യഥാ ദേഹോഹം യഥാ എപ്രകാരമാണോ ദേഹോഹം അഹം ദേഹ ഞാൻ ശരീരമാകുന്നു അതുപോലെ പുരുഷോഹം ഞാൻ പുരുഷനാകുന്നു ബ്രാഹ്മണോഹം ഞാൻ ബ്രാഹ്മണനാകുന്നു അഹം ശൂദ്രോഹമസ്മി ശൂദ്രോഹമസ്മി ഞാൻ ശൂദ്രനാകുന്നു വൈശ്യനാകുന്നു ഇത്യാദികളൊക്കെ ആകുന്നു എന്ന് ദൃഢനിശ്ചയ ഏതൊരുവനാണ് ദൃഢനിശ്ചയമുള്ളത് അപ്പം യാതൊരുവനാണ് ഇത്തരത്തിലുള്ള ദൃഢനിശ്ചയമുള്ളത് ഞാൻ പുരുഷനാണ് ഞാൻ ബ്രാഹ്മണനാണ് ഞാൻ ശൂദ്രനാണ് അല്ലെങ്കിൽ ഞാൻ വൈശ്യനാണ് ക്ഷത്രിയനാണ് എന്നൊക്കെ ആ ഉറപ്പുള്ളത് തഥാ അതുപ്രകാരം തന്നെ ഹം ബ്രാഹ്മണ ന ശൂദ്ര പുരുഷ അസംഗസച്ചിദാനന്ദസ്വരൂപ പ്രകാശ സർവാന്തരമി ഹിതാകാശ അസ്മീതി ദൃഢനിശ്ചയൂപ അപരോക്ഷജ്ഞാനവാൻ ജീവൻ മുക്ത ഏതൊന്നിലാണോ അജ്ഞാനി നിലകൊള്ളുന്നത് അതുപോലെ നേരെ വിരുദ്ധമായിട്ടുള്ളൊരു ഭാവത്തെ ജ്ഞാനി സ്വീകരിച്ചിരിക്കുന്നു നമ്മളെ രണ്ടാം അധ്യായത്തിൽ കണ്ടു അല്ലേ യാതൊരുവർ ഏതൊന്നിലേക്ക് ഉറങ്ങുന്നുവോ അതിലേക്ക് അജ്ഞാനി ഉണർന്നിരിക്കുന്നു ആരാണ് ജീവൻ മുക്തൻ ഒരു ചോദ്യം അതിന് പറയുന്നു ആരാ ജീവൻ മുക്തൻ യഥാ ദേഹോഹം പുരുഷോഹം ബ്രാഹ്മണോഹം ശൂദ്രോഹം ശൂദ്രോഹം അസ്മി ഇത് ദൃഢനിശ്ചയ അതാരാ ജീവൻ മുക്തൻ്റെ കാര്യം അല്ല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 അപ്പൊ യാതൊരുവനാണ് ഇത്തരത്തിലുള്ള ദൃഢനിശ്ചയമുള്ളത് ഞാൻ പുരുഷനാണ് ഞാൻ ബ്രാഹ്മണനാണ് ഞാൻ ശൂദ്രനാണ് അല്ലെങ്കിൽ ഞാൻ വൈശ്യനാണ് ക്ഷത്രിയനാണ് എന്നൊക്കെ ആർക്കാണോ ഉറപ്പുള്ളത് തഥാ അതുപ്രകാരം തന്നെ നാഹം ബ്രാഹ്മണ ന ശൂദ്ര ന പുരുഷ കിന്ദു അസംഗ സച്ചിദാനന്ദസ്വരൂപ പ്രകാശരൂപ സർവാന്തര്യാമി സ്ഥിതാകാശ രൂപ അസ്മീതി ദൃഢനിശ്ചയരൂപ അപരോക്ഷ ജ്ഞാനവാൻ ജീവൻ മുക്ത ഏതൊന്നിലാണോ അജ്ഞാനി നിലകൊള്ളുന്നത് അതുപോലെ നേരെ വിരുദ്ധമായിട്ടുള്ള ഒരു ഭാവത്തെ ജ്ഞാനി സ്വീകരിച്ചിരിക്കുന്നു നമ്മളെ രണ്ടാം അധ്യായത്തിൽ കണ്ടു അല്ലേ യാതൊരുവർ ഏതൊന്നിലേക്ക് ഉറങ്ങുന്നുവോ അതിലേക്ക് അജ്ഞാനി ഉണർന്നിരിക്കുന്നു അതായത് അജ്ഞാനി ഏതിലാണ് ഉറങ്ങിയിരിക്കുന്നത് ജ്ഞാനി അതിൽ ഉണർന്നിരിക്കുന്നു ജ്ഞാനി ഉണർന്നിരിക്കുന്നതിൽ അജ്ഞാനി അപ്പൊ യാഷ സർവഭൂതാനം അപ്പൊ നമ്മൾ കണ്ടു അവിടെ രാത്രി രാത്രിയിൽ ഉണർന്നിരിക്കുന്നത് എല്ലാവരും ഉറങ്ങുമ്പോൾ ആരാണ് ഉണർന്നിരിക്കുന്നത് യാതൊരാൾ ഉണർന്നിരിക്കുമ്പോൾ എല്ലാവരും ഉറങ്ങുന്നു ഗൂർക്കയുടെ ഉദാഹരണം വെച്ച് നമ്മൾ കണ്ടു അത് എല്ലാവരും ഞാൻ ശരീരമാണ് മനസ്സാണ് ബുദ്ധിയാണ് എന്റെ വസ്തുവകകള് എന്റേതെന്ന് ഏതിനോട് എണ്ണുന്നുവോ അതില് ജ്ഞാനി എന്തായിരിക്കുന്നു ഉറങ്ങിയിരിക്കുന്നു എന്ന് പറയാം ഞാൻ ആത്മാവാണ് ഈ വിഷയത്തിലോ അജ്ഞാനി ഉറങ്ങിയിരിക്കുന്നു എന്ന് പറയാം ഏതില് അസംഗ സച്ചിദാനന്ദ സ്വരൂപ പ്രകാശരൂപ സർവാതര്യാമി ചിതാകാശ രൂപ അസ്മി ഇത് ദൃഢനിശ്ചയരൂപ ഇതിൽ സംശയമൊന്നുമില്ല എന്ന് പറയും അങ്ങനെയുള്ള അപരോക്ഷജ്ഞാനവാൻ ജീവൻ മുക്ത അപരോക്ഷജ്ഞാനവാൻ മറ്റൊന്നിനെയും അപേക്ഷിക്കാതെ ഒന്നിൻ്റെയും സാന്നിധ്യമില്ലാതെ താൻ തന്നെ അതാകുന്നു എന്ന ഉറപ്പ് വന്നിട്ടുള്ളവൻ ജീവൻമുക്തനാണ് ബ്രഹ്മവിവാഹമസ്മി ഇതി അപരോക്ഷജ്ഞാനേന നിഖില കർമ്മബന്ധ വിനിർമുക്ത പറയണു ഞാൻ ബ്രഹ്മം തന്നെ എന്ന അറിവ് അപരോക്ഷജ്ഞാനം കൊണ്ട് എല്ലാ കർമ്മ ബന്ധങ്ങളിൽ നിന്നും അവൻ വിമുക്തനായിത്തീരുന്നു തുടർന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടിട്ടുള്ളതാണ് കർമാനി കതിവിധാനി സന്ധി ഇത് ആഗാമി സഞ്ചിത പ്രാരബ്ധേദേന ത്രിവിധാനി സന്ധി ഏതൊക്കെ പ്രകാരത്തിലാണ് കർമ്മങ്ങൾ ആഗാമി സഞ്ചിതം പ്രാരബ്ധം കണ്ടിട്ടുള്ളതാണ് ജ്ഞാനോത്പത്തി അനന്തരം ജ്ഞാനിദേഹകൃതം പുണ്യപാപ പുണ്യപാപരൂപം കർമ്മ യഥസ്തി തത് രണ്ട് മൂന്ന് ദിവസം മുൻപ് നാല് ദിവസം മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് സഞ്ജിതം കർമ്മ കിം പറഞ്ഞു അനന്തകോടി ജന്മ അനന്തകോടി ജന്മനാം ബീജഭൂതം സന്യത് കർമ്മജാതം പൂർവാർജിതം തിഷ്ടതി തത് ജ്ഞേയം പറഞ്ഞിട്ടുള്ളതാണ് പറയണം എന്ന് വേണോ പറയണോ പ്രാരബ്ദം കർമ്മ കിം എന്താണ് പ്രാരബ്ധം ഇതം ശരീരം ഉത്പാദ്യ ഇഹലോകേവ സുഖ ദുഃഖാതിപ്രദം യത് കർമ്മ തത് പ്രാരബ്ദം ഭോഗേന നഷ്ടം പവുതി ഓർമ്മയുണ്ടല്ലോ അല്ലെ അനുഭവിച്ചു തന്നെ തീർക്കണം കണറ്റിൽ വീഴാനാണ് യോഗം അങ്ങനെ തന്നെ നായ അങ്ങനെ അല്ലേ ഇതിന്റെ അവസാന ഭാഗം നമ്മൾ കണ്ടിട്ടുള്ളതാ എന്താണ് കണ്ടത് ആ ജ്ഞാനിയുടെ ആരാണോ ജ്ഞാനി എന്താ ജ്ഞാനിയെ ിക്കുന്നത് ഞാനിയെ പുകഴ്ത്തുന്നത് അവർക്ക് ആ സജ്ജനങ്ങളുടെ പുണ്യകർമ്മവും പാപകർമ്മത്തിൻ്റെയും ഫലം വന്നു ചേരുന്നു എന്നുള്ള ഇത് തത്വബോധ പ്രകരണം സമാപ്തം സമാധാനം അല്ലേ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ക്ലാസുകളൊക്കെ എറണാകുളത്ത് നിറയെ ക്ലാസ്സുകളുണ്ട് ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുക കൂടുതൽ വിശദമായിട്ടുള്ള പഠനങ്ങൾ നടത്തുക ആ സമയത്ത് ശാസ്ത്രത്തിൻ്റെ എല്ലാ മർമ്മങ്ങളും നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ മുൻപിൽ നിങ്ങൾക്ക് ആ കെട്ടുകൾ അഴിഞ്ഞു കിട്ടുമെന്ന് പറയുക അതിന് സാധിക്കട്ടെ തുടർന്നും ശ്രദ്ധയോടുകൂടിയുള്ള ശാസ്ത്രശ്രവണം ആവശ്യമാണ് അതിലേക്ക് സ്വാമി ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ പറഞ്ഞു വെച്ച ഭഗവത്ഗീത പതിനെട്ടാം അധ്യായത്തിൽ എത്ര ശ്ലോകം വരെ ചൊല്ലി പതിമൂന്ന് ഭഗവാൻ പറയുന്നു നിയതമായ നമ്മിൽ വന്നു ചേർന്നിട്ടുള്ള നിത്യമായ നിയതം യത് കർമ്മ ചുമതലപ്പെട്ട നമ്മുടെ യാതൊരു കർമ്മമുണ്ടോ ആ കർമ്മത്തിൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം എന്താണ് അഫല പ്രേപ്സുന ഫലകാംക്ഷ ഇല്ലാത്തവനാൽ സംഘരഹിതം സംഘരഹിതമായിട്ട് അരാഗദ്വേഷത വെറുപ്പോ കൂടാതെ കൃതം ചെയ്യപ്പെടുന്നുവെങ്കിൽ തത് സാത്വികം കർമ്മ ഉച്ചതേ അത് സാത്വികമായ കർമ്മമാണ് ഭഗവാൻ ഈ സാത്വികമായ കർമ്മത്തെക്കുറിച്ച് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് നേരത്തെ മുൻപ് പറഞ്ഞിട്ടുള്ളത് ഓർക്കുക അതായത് പതിനേഴാം അധ്യായത്തിൽ ഇരുപത്തി ഒന്നാമത്തെ ഓം തത് സത് ഓം തത് സത് എന്ന് ബ്രഹ്മസംബന്ധിയായ ബ്രഹ്മവാചകത്തെ ചൊല്ലിക്കൊണ്ട് യാതൊരുവൻ കർമ്മം ചെയ്യുന്നുവോ ആ കർമ്മങ്ങളെല്ലാം തന്നെ സത്കർമ്മമാണ് സദ്ഭാവമുള്ളതാണ് അപ്പൊ ഇവിടെ പറയുന്നത് ഓം എന്നത് പ്രണവം ഓം എന്നത് സാത്വിക ജ്ഞാനത്തെ പ്രതിനിധാനം ചെയ്യുന്നു ഓം എന്നത് സാത്വിക ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഓം ഓമിലെല്ലാം ഒതുങ്ങിയിരിക്കുന്നു തത്വമസി മഹാവാക്യങ്ങളും എല്ലാ മഹാവാക്യങ്ങളും പ്രണവത്തിൽ അന്തർലീനമാണ് എന്ന് പറയാം ഉം അപ്പൊ പ്രണവത്തെ നമുക്ക് എന്താ സാത്വിക ജ്ഞാനം എന്നൊരു പേര് കൊടുക്കാം പിന്നെയോ തത് എന്നുള്ളത് സാത്വിക കർമ്മത്തെ പ്രതിനിധാനം ചെയ്യുന്നു തത് സാത്വിക കർമ്മം ഓം തത് സത് എന്നുള്ളതോ സത് സാത്വിക കർത്താവിനെ പ്രതിനിധാനം ചെയ്യുന്നു അപ്പൊ സാത്വികമായ ജ്ഞാനം സാത്വികമായ കർമ്മം സാത്വികമായ കർത്താവ് ഇതിൻ്റെ പൂരണമാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അറിവ് ആ ജ്ഞാനത്തിനാണ് ഭഗവാൻ എന്തു പറഞ്ഞത് ശാസ്ത്രം പ്രമാണമായിരിക്കട്ടെ എന്ന് പറഞ്ഞത് അപ്പൊ ശാസ്ത്രമായിരിക്കണം നിന്റെ കർമ്മത്തിന് പ്രധാനം എന്നിട്ട് അതിനനുസരിച്ച് അപ്പോഴേ അത് വേദവിഹിതമായിട്ടുള്ള കർമ്മങ്ങളാവൂ അതതിൻ്റെ വളരെ ഒരു കാതലായിട്ടുള്ള അംശമാണ് കാര്യമാണ് അങ്ങനെ ഓം തത് സത് ഇതിൻ്റെ പൂരണം ഇതിൻ്റെ മേളനം മിലിത്വ എന്ന് നമ്മൾ തത്വബോധത്തിൽ കണ്ടില്ലേ ഇതിൻ്റെ വിലയനം അങ്ങനെ ഇതുമായി നമുക്ക് ചേരാൻ സാധിക്കട്ടെ മനസ്സ് അപ്പം അവിടെ ഭഗവാൻ എന്തു പറഞ്ഞു വാക്കിനെ പറഞ്ഞു ചിന്തയെ പറഞ്ഞു വാക്ക് പറഞ്ഞു കർമ്മം പറഞ്ഞു ഇല്ലേ അതിലൊക്കെ എന്ത് വേണം ഈ പ്രണവം ഉണ്ടായിരിക്കണം അപ്പം പ്രണവധ്യാനം വഴി പ്രണവത്തെ അറിഞ്ഞ് ആ പ്രണവം പ്രാണനോടൊപ്പം ചേർത്ത് അപ്പം പ്രാണൻ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം കർമ്മം ഉണ്ടെന്നാണ് പ്രാണനാണ് കർമ്മത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളത് അതായത് ശക്തിസ്പന്ദനം എന്ന് പറയുന്നത് പ്രാണസ്പന്ദനമാണ് നമ്മുടെ ആധുനിക ശാസ്ത്രം ശക്തിസ്പന്ദനത്തിലാണ് തുടങ്ങുന്നത് ശക്തിസ്പന്ദനത്തിലാണ് എത്തി നിൽക്കുന്നത് എനർജി എന്ന് പറയുന്നത് അത്രയേ ആകുന്നുള്ളൂ പക്ഷേ ഈ നമ്മുടെ ഭാരതീയ ഋഷി അതിൻ്റെ പിറകിലുള്ള ബോധത്തെക്കുറിച്ച് പറയുന്നുണ്ട് ബോധത്തിലാണ് ശക്തിസ്പന്ദനം എന്ന് പറയുന്നത് അതിലേക്ക് ആധുനിക ശാസ്ത്രം വരാൻ പോകുന്നു അതിന് പല ശാസ്ത്രകാരന്മാർ അംഗീകരിച്ചിരിക്കുന്നു ചിലർക്കിനി അതിന് സമ്മതാകേണ്ടതുണ്ട് അപ്പൊ പ്രാണൻ ആ പ്രാണൻ പ്രാണനും പ്രണവവും അതങ്ങോട്ട് നമ്മിൽ ആ എന്താ പ്രാണനോടൊപ്പം പ്രണവത്തെ ചേർത്ത് ആ പ്രാണനെ എടുക്കുന്ന സമയത്ത് ഈ വിശ്വ ഈ വിശ്വം വിശ്വത്തിൻ്റെ രചയിതാവ് ഈ വിശ്വത്തിലെ എല്ലാറ്റിനെയും അതിൻ്റെ ഭഗവാൻ പറഞ്ഞല്ലോ സൂത്രേ മണികണായിവ ഈ ഭാവത്തോടുകൂടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതൊരു സാത്വികജ്ഞാനമായി പിന്നെ അതിനനുസരിച്ചിട്ടുള്ള കർമ്മവും ആ കർമ്മം ചെയ്യുന്ന കർത്താവും ഇതാണ് ഇവിടെ എന്താ പറഞ്ഞത് സാത്വികം കർമ്മം ഉച്ചയതേ നമ്മൾ ഈ സാത്വികം കർമ്മം സാത്വികം കർമ്മം എന്ന് പറഞ്ഞിട്ട് എന്താ ഇപ്പൊ സാത്വിക കർമ്മം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുള്ളത് അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ളത് അയാൾ നല്ല പ്യോർ വെജിറ്റേറിയൻ ആയിരിക്കണം രാവിലെ എണിക്ക് ഇത്ര പോകുന്ന കുറി ഉണ്ടായിരിക്കണം എന്നിട്ടിങ്ങനെ ഏത് നേരം എന്തെങ്കിലും ഇപ്പൊ നമ്മൾ പറയുമല്ലോ പൂ എന്താ പുഷ്പ മാല കെട്ടുക പൂ കെട്ടുക എല്ലാം രണ്ടൊന്നാണ് ാലും അല്ലെങ്കിൽ പൂജാതി ചെയ്യ അമ്പലത്തിനെ ചുറ്റിപ്പറ്റി കഴിയുന്ന ഒരു ആള് അത്രയുള്ളു സാത്വിക കർമ്മം അല്ലെങ്കിൽ സാത്വികജ്ഞാനം അച്ഛൻ മോനെ ഗ്രാമത്തില് കൊണ്ടുപോയി എന്തിനാണ് മകൻ പഠിക്കാൻ വേണ്ടിട്ട് ഗ്രാമത്തിലുള്ള ആളുകൾ ജീവിക്കുന്നത് അറിയണമല്ലോ അവര് വളരെ കഷ്ടപ്പാടിലൊക്കെ കഴിയുന്നവരാണ് അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത് അച്ഛൻ എന്തിനാണ് കൊണ്ടുപോകുന്നത് നീ ഇതിൽ നിന്ന് എന്ത് പാഠം പഠിക്കണമെന്നൊന്നും അച്ഛൻ ആദ്യം പറഞ്ഞിട്ടില്ല ഏതായാലും അവനെ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുത്തു എല്ലാം അവർ ജീവിക്കുന്നതും അങ്ങനെ തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് വിശ്രമിക്കുന്ന സമയത്ത് മോനെ വിളിച്ചു എന്നിട്ട് ചോദിച്ചു മോനെ കൂട്ട നമ്മളിന്ന് ഇങ്ങനെ അവിടെയൊക്കെ പോയില്ലേ എന്താ മോൻ മനസ്സിലാക്കിയത് ഓ ആശ ഞാൻ ആലോചിക്കുകയായിരുന്നു നമുക്ക് ഒരു ഉള്ളൂ അവർക്ക് എത്ര എണ്ണ പിന്നെയോ നമുക്ക് ഈ മീനിനെ വളർത്തുന്ന ചെറിയൊരു അക്വേറിയാ ഉള്ളത് അവരുടേത് എന്തു വലുതാണ് മാത്രമല്ല നമ്മുടെ അതിരുകൾ എത്ര ചെറുതാണ് നമ്മുടെ സ്ഥലം അവർക്ക് അതിരുകളേ ഇല്ല നമ്മൾ രാത്രി ലൈറ്റ് ഇടുന്നു അവർക്ക് സൂര്യചന്ദ്രന്മാര് നമ്മളെത്ര ദരിദ്രരാണെന്ന് ഞാൻ ഇന്നാണ് അച്ഛ മനസ്സിലാക്കിയത് താങ്ക് വെരി മച്ച് അച്ഛൻ ഇത് കഴിഞ്ഞിട്ട് അവനൊരു ക്ലാസ് കൊടുക്കണമെന്ന് വിചാരിച്ചതാണ് പാവം അവരെത്ര ദരിദ്രരാണെന്ന് സാത്വിക ജ്ഞാനം ഇത് കാണുന്നതിന് മുഴുവൻ കുറവേ കാണുള്ളൂ ഗീത ഉപനിഷത്ത് എല്ലാം തലമണ്ടയ്ക്കകത്തുണ്ട് സാത്വിക ജ്ഞാനം ഉണ്ടെങ്കിലേ സാത്വിക കർമ്മം ജനിക്കുന്നുള്ളൂ എന്നാ ഇതുവരെയാണ് നമ്മൾ ചർച്ച ചെയ്തത് നമുക്ക് നോക്കാം മുൻപിലേക്ക് ുരാജസം പുനഃ യത് കമ സാഹങ്കണവ പുനഃ വീണ്ടും പിന്നെ യത് കർമ്മ യാതൊരു കർമ്മം കാമേപ്സുന കാമനയുള്ളവനാലും ആഗ്രഹങ്ങളുള്ളവനാലും പ്രത്യേക താത്പര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുന്നവനാലും സാഹങ്കാരണവ അഹങ്കാരത്തോട് കൂടിയവനായാലും ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറയല്ലോ ചിലപ്പോ അങ്ങനെയുണ്ട് ഈ കുട്ടികള് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി പറഞ്ഞു തന്നിട്ടുള്ള ഒരു തമാശയാണ് അതായത് അമേരിക്കയിൽ അവരൊരു പുതിയ സാധനം ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അവര് രാജ്യത്തുള്ള എല്ലാവരെയും വിളിച്ചു എന്നാ അവർക്കൊരു അഹങ്കാരമുണ്ട് ഞങ്ങളാ കേമന്മാര് എന്ന് അങ്ങനെ അവരതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഇത് ബഹിരാകാശത്ത് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വലിയ വലിയ സംഭവങ്ങളൊക്കെ പറഞ്ഞ് ഇതിനെ അവര് അതിനെ പറഞ്ഞു വിടുമല്ലോ പറഞ്ഞു വിടുമ്പോൾ അവർ മുകളിൽ നിന്ന് താഴേക്കാണ് എണ്ണ അല്ലേ പത്ത് ഒൻപത് എട്ട് ഏഴ് അല്ലേ എട്ട് കഴിഞ്ഞ ഏഴല്ലേ ഓ ഒൻപതല്ലേ അങ്ങനെ ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് പക്ഷെ അത് അനങ്ങുന്നില്ല എന്നാണ് പറഞ്ഞത് എന്ത് ചെയ്തിട്ടും ഒന്നും അനങ്ങുന്നില്ല അവരുടെ ആ അഹങ്കാരം അതിനെ അനക്കുന്നില്ലയെന്നാണ് പിന്നെ അവര് സാവകാശം സാവകാശം അവരുമായിട്ട് പറ്റുന്ന ചില രാജ്യങ്ങളെയൊക്കെ എന്താ പറയാ അതിലെ വലിയ വലിയ ആളുകളെയൊക്കെ ആയിട്ടൊന്ന് സഹകരിക്കാം എന്ന് തോന്നിയിട്ട് അവരെയൊക്കെ അങ്ങനെ വിളിച്ചു പിന്നെ അങ്ങനെ പലരും വന്നു വന്നു അവസാനം ജപ്പാൻ വന്നു എന്നിട്ടും ഒന്നുമില്ല പിന്നെ ഈ ദരിദ്ര രാജ്യം എന്നൊക്കെ പറയുന്ന ആളുകളും നോക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് നമ്മുടെ സർദാർജി മൂപ്പര് അവിടെ ഉണ്ടായിരുന്നു മൂപ്പര് ഞാൻ നോക്കാം റെഡിയാക്കി വെച്ചോളാൻ പറഞ്ഞു ഞാനിവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു എനിക്കാ സാധനം തുടരേണ്ട ആവശ്യമില്ല പറഞ്ഞു ഞാൻ നിർദ്ദേശം തരാം അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ നീക്കാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അത് കുറച്ചൊന്ന് ചെരിയട്ടെ എന്ന് പറഞ്ഞു ചരിച്ചു കുറച്ചുകൂടെ ചെറിയട്ടെ ചേരി വീണ്ടും ചെരിയട്ടെ ചരിച്ചു ഇങ്ങനെ ചരിച്ചു ഇത്രയൊക്കെ അങ്ങനെ കുറച്ച് നേരം പിടിക്കാൻ പറഞ്ഞു നേരം വെക്കാൻ പറഞ്ഞു കൊടുത്തോളാൻ പറഞ്ഞു സംഭവം പോയിന്ന എല്ലാവരും അത്ഭുതപ്പെട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചത് എങ്ങനെയാണോ ഞങ്ങളുടെ അവിടെ ബജാജ് സ്കൂട്ടർ ഇങ്ങനെയാണ് സ്റ്റാർട്ടാക്ക ബജാജ് ടെക്നോളജി കുറച്ചു നേരം ഇത്രയുള്ളൂ ചിലപ്പോ അങ്ങനെ സംഭവിക്കാം അല്ലേ അപ്പൊ ഈ അഹങ്കാരത്തോട് കൂടിയിട്ട് ചിലരെ അങ്ങനെയുണ്ട് ഒന്നും അറിയില്ലെങ്കിലും വേഗം കിട്ട് മേടിച്ചു അതങ്ങോട്ട് നശിപ്പിച്ച് കൈത്തരുന്നു പറയാം കർമ്മത്തിൽ അറിവില്ലെങ്കിലും അഹങ്കാരം ഉണ്ടാവാം ആ കർമ്മം എങ്ങനെ ചെയ്യണമെന്ന് ഒന്നും അറിയില്ല എന്നാലും ആ അഹങ്കാരം ഞാൻ ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു ചെയ്യുന്ന സമയത്ത് അത് മുഴുവൻ നശിച്ചു പോകും സാഹങ്കാരേണവാ അഹങ്കാരത്തോടുകൂടിയവനായാലും ബഹുലായാസം വളരെ ശ്രമപ്പെട്ട് ക്രിയതേ ചെയ്യപ്പെടുന്നുവോ തത് രാജസം ഉദാഹൃതം അതിനെ രാജസം എന്ന് പറയുന്നു അപ്പൊ രാജസത്തിൽ എപ്പോഴും അതാണുള്ളത് ഞാൻ അതങ്ങനെ ഞാൻ ഞാൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാനത് ശരിയാക്കി എന്ന് പറയാം അവരങ്ങനെ കിടന്ന് കളിക്കുന്ന സമയത്ത് ഞാനത് ശരിയാക്കി എന്ന് പറഞ്ഞാൽ ഞാനത് ശരിപ്പെടുത്തി ഇനി അത് അനങ്ങില്ല അനുബന്ധം അനവേക്ഷ്യോഹാറിലാമസം ഉച്ച അനുബന്ധം ഭാവി ഭലത്തെ തുടർ ഉണ്ടാകേണ്ടുന്നതിനെയും അതുപോലെ ക്ഷയം നാശത്തെയും ഹിംസാം പരദ്രോഹം പരനെ ഉപദ്രവിക്കുന്നതിനായിട്ടുള്ളതും പൗരുഷംച്ച പൗരുഷത്തെയും അനവേക്ഷ്യ അതൊന്നും നോക്കാതെ അതിനെയൊന്നും പരിഗണിക്കാതെ മോഹാദ് യത് ആരഭ്യത അജ്ഞാനത്തിൽ നിന്ന് യാതൊന്ന് ആരംഭിക്കുന്നുവോ അജ്ഞാനത്തിൽ നിന്നാണ് കർമ്മം ജനിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇരിക്കും അതിനെ താമസം ഉച്ചതേ താമസം എന്ന് പറയപ്പെടുന്നു അനുബന്ധം ക്ഷയം ഹിംസാം അനവേക്ഷച്ച പൗരുഷം മോഹാദ മോഹാദാരഭ്യത കർമ്മ യാമസം ഉച്ചതേ അനുബന്ധം ഭാവി ഫലത്തെയും അതായത് തുടർന്ന് ഉണ്ടാകേണ്ടുന്നതിനെയും അതുപോലെ ക്ഷയം നാശത്തെയും ഹിംസാം പരദ്രോഹം പരനെ ഉപദ്രവിക്കുന്നതിനായിട്ടുള്ളതും പൗരുഷം ച പൗരുഷത്തെയും അനവേക്ഷ്യ അതൊന്നും നോക്കാതെ അതിനെയൊന്നും പരിഗണിക്കാതെ മോഹാദ് യത് ആരഭ്യതേ അജ്ഞാനത്തിൽ നിന്ന് യാതൊന്ന് ആരംഭിക്കുന്നുവോ അജ്ഞാനത്തിൽ നിന്നാണ് കർമ്മം ജനിക്കുന്നത് അങ്ങനെയാണെ എങ്ങനെ ഇരിക്കും അതിനെ താമസം ഉച്ചതേ താമസം എന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് നീതി സാരത്തിലോ മറ്റോ ആണ് കർമ്മത്തിന് കർമ്മം ചെയ്യുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ഒരു നമ്മളൊരു ഒരു പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ പറയുന്നത് കാല ഒന്നാമത്തതാ കാല എന്ന് ഏതാണ് കാലം കാനി മിത്രാണി ആരൊക്കെയാണ് മിത്രങ്ങള് ഏതാണ് കാലം ആരൊക്കെയാണ് മിത്രങ്ങൾ കോദേശ ഏതാണ് ദേശം കക്കാല കാനിമിത്രാണി കോദേശ കവ്യയാഗമവും വരവെത്ര ചെലവെത്ര കാരണം നിങ്ങളൊരു കാര്യം തുടങ്ങുമ്പോൾ ഭാര്യയുടെ കഴുത്തിലിരിക്കുന്ന പണ്ടവും കണ്ടിട്ടാണ് തുടങ്ങുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഉം അറ്റകൈക്ക് നമുക്ക് ഇതൊന്നു ശരിയാക്കാം അപ്പോഴാണ് നമ്മൾ ആ പാട്ട് പാടുക ഏതുമായിട്ട് എൻ കൺമണിക്ക് എന്തിന് ആഭരണം എന്നിട്ട് അതിങ്ങോട്ട് മേടിക്കും അതുകൊണ്ട് എന്റെ ശക്തി എത്ര ഏതാണ് ദേശം ഏതാണ് കാലം എന്താണ് ഞാൻ തുടങ്ങേണ്ടത് എന്താ തുടങ്ങുന്നത് പലരും അങ്ങനെയാണ് ചിലർ സ്കൂളിന്റെ മുൻപിൽ എന്നെ കൊണ്ടുപോയിട്ട് കുട്ടികളെ കണ്ടുകൊണ്ട് എന്തെങ്കിലും ഒരു കച്ചവടം തുടങ്ങും അത് തുടങ്ങുന്നതിന് മുമ്പ് പ്രിൻസിപ്പൽ അത് കാണുന്നുണ്ട് പ്രിൻസിപ്പൽ നോട്ടീസ് വായിച്ചിരിക്കും ഒരൊറ്റ കുട്ടിയെ കടയെ കണ്ടാൽ പിറ്റേ ദിവസം ഇങ്ങോട്ട് വരണ്ട പിന്നെ അവഴിക്കാരും പോവില്ല എന്ന് പറയാം അങ്ങനെ പലതുണ്ട് പലതും നോക്കണം നമ്മൾ അനവേക്ഷ്യ മോഹാദ് എത് ആരഭ്യതേ ഇതൊന്നും നോക്കാതെ അജ്ഞാനത്തിൽ നിന്ന് അവർ ചെയ്തു അതുകൊണ്ട് നാനും ചെയ്തു പലരും ചെയ് പലരുടെയും പലരും പലരുടെ വിജയത്തിൻ്റെയും പിറകിൽ ഒരു തപസ്സുണ്ട് എന്ന് പറയാം എത്രയോ രാത്രികൾ അവർ തപം ചെയ്തിട്ടുണ്ട് അല്ലാതെ പെട്ടെന്നൊന്നും ആരും അങ്ങനെ എന്തെങ്കിലുമൊന്നും നേടിയിട്ടുണ്ടാവടിയിട്ടുണ്ടാവില്ല വളരെ ദുർലഭം കേസുകളൊക്കെയുള്ളൂ പരമ്പരയാൽ അച്ഛൻ്റെ അതൊക്കെ ചെയ്ത് അങ്ങനെ കണ്ട് വളർന്നിട്ടൊക്കെ ഉണ്ടാവാം പക്ഷേ മറ്റുള്ളതിനൊക്കെ എന്തുണ്ട് കുറച്ചൊരു പ്രയത്നം ത്യാഗം ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം അതിൽ നിന്ന് നല്ല ഉറപ്പ് വന്നിട്ടാണ് ഓരോന്നിനും ഓരോരുത്തരും ഇറങ്ങി തിരിച്ച് അതിലൊക്കെ വിജയിച്ചിട്ടുള്ളത് അത് പെട്ടെന്നല്ല എന്ന് പറയാം അതേപോലെ തന്നെ വളരെ പണിപ്പെട്ട് പൊളിഞ്ഞ് പാപ്പരായിരിക്കുന്നവരുണ്ട് അതും സംഭവിക്കാം രണ്ടുമുണ്ട് രണ്ടും സംഭവിക്കുമ്പോഴും നമ്മളെന്ത് വേണം അനങ്ങരുത് അതുകൊണ്ട് അജ്ഞാനമാണ് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ എന്താ പറയാ ഈ ഓരോന്നും തുടങ്ങാൻ ഹേതുവായത് എങ്കില് അതൊക്കെ താമസമായിട്ടുള്ള കർമ്മങ്ങളാ മുക്തസംഗർവികാരാത്മിക മുക്തസംഗ അനഹംവാദി ധൃതി ഉത്സാഹ സമന്വിത സിദ്ധ്യസിദ്ധിയോ നിർവികാര കർത്താ സാത്വിക ഉച്ച മുക്തസംഘ മുക്തസംഘം എന്ന് പറഞ്ഞ കർമ്മത്തോട് ബന്ധപ്പെടാത്തവനായി അനഹംവാദി കർത്താവെന്ന് അഭിമാനിക്കാത്തവനായിട്ട് കർത്താവെന്ന് എങ്ങനെയാണ് അഭിമാനിക്കാതിരിക്കുക അതിനെന്താണ് ജ്ഞാനം കാരണം ഞാനൊരു നിമിത്തം എനിക്കിതൊരു അവസരമാണ് ചെയ്യാൻ ഈ ഒരറിവ് അതേസമയത്ത് ആരാ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനല്ല എന്ന് പറയരുത് അവിടെ ഒരാൾ ചോദിക്കും നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചാൽ ദേഹോനാഹം ബ്രാഹ്മണോ നാഹം കോഹം സോഹം എന്ന് പറയരുത് അവിടെ അഹം സദാശിവ സദാശിവൻ പേരാണ് ആ ശിവൻ അത് പേര് അപ്പം നമുക്ക് പലപ്പോഴും പറ്റുന്ന തെറ്റ് ഇതാണ് അതുകൊണ്ട് അനഹംവാദി ഞാൻ കർത്താവെന്ന് അഭിമാനിക്കാത്തവനായി ദൃത്യുത്സാഹ സമന്യുത ധൈര്യവും ഉത്സാഹവും സമന്വിതമായിട്ടുള്ള സിദ്ധ്യസിദ്ധിയോ കിട്ടുക കിട്ടാതിരിക്കുക ഇതിൽ നിർവികാര അതിൽ യാതൊരു ഭേദവും അതിൻ്റെ കിട്ടി എന്നുള്ളതിൽ സന്തോഷം കിട്ടാത്തത് കൊണ്ട് വല്ലാത്ത വിഷമം ഇതില്ലാത്ത ത്വിക ഉച്ചയത്തെ അവൻ സാത്വികനാണ് എന്ന് പറയാ കേട്ടിട്ടില്ല വലിയൊരാളുടെ ഒരു ഫാക്ടറി തീ പിടിച്ച് തീ കത്തുന്ന സമയത്ത് അദ്ദേഹം ആ കത്തുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അത്ര അതായത് നിങ്ങളെന്താ ഇങ്ങനെ ഇങ്ങനെയൊരു തീ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ കണ്ടിട്ടില്ല അയ്യോ വേറെ നമ്മളൊക്കെ ആണെങ്കിൽ കാരണം ഇനിയും ബിസ് ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാം എൻ്റെ കയ്യിൽ എൻ്റെ തലവണ്ടയ്ക്കകത്തുണ്ട് എങ്ങനെയത് ഇനിയും വളർത്തണമെന്ന് പക്ഷേ ഈ അഗ്നി ഇനി കാണാൻ പറ്റില്ല അതുകൊണ്ട് ഈ ചാൻസ് നഷ്ടപ്പെടുത്തരുത്തത് അതുകൊണ്ട് വരും വരായികളെക്കുറിച്ച് വെറുതെ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല ഞാനുണ്ടല്ലോ എല്ലാം നശിച്ചു ഞാൻ നിലനിന്നില്ലേ അതുതന്നെ മതി ഭാഗ്യം ഇതെന്താണ് സാത്വിക അതുകൊണ്ട് കൂടുതലൊന്നും ഈ വിഷയത്തിൽ ഒരുപാട് പറയേണ്ടുന്നതോ ഒന്നുമില്ല വളരെ വളരെ ഈ ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞാല് ഒരുപാട് ഗവേഷണം അല്ലെങ്കിൽ ഒരുപാട് പറയുക ഒരുപാട് എഴുതുക ഒന്നും വേണ്ടെന്ന് പറയാം ഈ വിക്ടർ യുഗോനെ കുറിച്ച് ഈ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകത്തിൽ വായിക്കുമായിരുന്നു അദ്ദേഹം പാവങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ട് അന്നത്തെ ബെസ്റ്റ് സെല്ലർ ആയിരുന്നു അത്രയാത്ര അതിന്റെ വിൽപ്പന എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി അതിന്റെ ആ പുസ്തകം പ്രസാദ പ്രകാശിപ്പിച്ചിട്ടുള്ള അവർ അവർക്കായിട്ട് ഇദ്ദേഹം ഒരു എഴുത്തെഴുതി ഒന്നുമില്ല അദ്ദേഹം ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും എങ്ങനെയുണ്ട് കച്ചവടം എന്നാ തിരിച്ചു കത്ത് വന്നത് ഒരു ആശ്ചര്യചിഹ്നം അത്രയും ഗംഭീരം ആശയം മുഴുവൻ അതിൽ വ്യക്തമാണ് എന്ന് പറയാം ഇങ്ങനെയാണ് സാത്വികൻ്റെ കർമ്മങ്ങൾ അയാൾ അതിനോട് പ്രതികരിക്കുന്നത് അങ്ങനെയാണെന്ന് പറയാം ഒരുപാട് വിസ്തരിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പറഞ്ഞു വീണ്ടും പറഞ്ഞു വീണ്ടും പറഞ്ഞു അതിനൊന്നും ആവശ്യമില്ല ഒരു ആശ്ചര്യചിഹ്നത്തിൽ ഒതുക്കാവുന്നതേ ഉള്ളൂ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ഒരു ചോദ്യചിഹ്നത്തിൽ ഒതുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ നമുക്കും ഭർത്താവ് വൈകിട്ട് വരുമ്പോ ഒരു ചോദ്യം ഇട്ട് എവിടെ പോയി കുറയ്ക്കാം നമുക്ക് എല്ലാം പറയാം അപ്പൊ എന്തെങ്കിലുമൊക്കെ അദ്ദേഹം പുതിയ എന്തെങ്കിലുമൊക്കെ ഒരു മാർക്ക് തരും അപ്പൊ സാത്വിക കർത്ത സാത്വിക കർത്താവായി തീരൂ നമ്മൾ എന്ന് പറയാം ഉം സാത്വിക ജ്ഞാനം സാത്വിക കർമ്മം സാത്വിക കർത്ത ആരാണ് സാത്വികനായിട്ടുള്ള കർത്താവ് േംസാത്മകോചി ഹർഷോ കർത്ത രാജസ പരി കീർത്തിവിക കർത്താവിനെ കുറിച്ച് പറഞ്ഞു ആ സാത്വിക കർത്താവിൽ മമതയില്ല അതുപോലെ തന്നെ ഫലത്തില് സംഘവും ഇല്ല തുടർന്ന് പറയുന്നു രാഗി കർമ്മഫലേപ്സുഹു കർമ്മഫല പ്രേപ്സുഹു ലുബ്ധിംസാത്മക അശു അശുചിഹി ഹർഷശോകാൻവിത കർത്ത രാജസഹ പരികീർത്തിത രാഗി രാഗി എന്ന് പറഞ്ഞാൽ വിഷയസുഖത്തിൽ രതിയുള്ളവൻ താത്പര്യമുള്ളവൻ കർമ്മഫലപ്രേപ്സുഹു കർമ്മഫലത്തില് ആശയുള്ളവൻ അവൻ അങ്ങനെയാ മിഷൻ എന്ന് കേൾക്കുമ്പോ അവൻ കമ്മീഷൻ എന്നാ കേൾക്കുക മിഷനിൽ വരൂ എന്ന് ചോദിച്ചാൽ ഉടനെ ചോദിക്കും എന്ത് കമ്മീഷൻ എന്ന് ലുബ്ധ ലുബ്ധനാണ് എന്ന് പറയാം ലുബ്ധൻ എന്ന് പറഞ്ഞാൽ ആരാണ് പരന്റെ ധനത്തില് കാാംക്ഷിക്കുന്നവൻ അവന്റെ പോക്കറ്റിലെ കാശ് എങ്ങനെ എന്റെ കീശയിൽ വീഴും അങ്ങനെ ഒരു ലുബ്ധൻ ഉണ്ടായിരുന്നു അത്രയും അപ്പൊ അദ്ദേഹം ഒരു ട്രെയിലറെടുത്ത് പോയിട്ട് അദ്ദേഹം ഒരു കോട്ടടിക്കാൻ കൊടുത്തു കോട്ട് അപ്പൊ ട്രെയിലർ കോട്ടിന് പോക്കറ്റ് വെച്ചില്ല അപ്പൊ ഇയാള് ദേഷ്യപ്പെട്ടിട്ട് ചോദിച്ചു ഇതെന്താ പോക്കറ്റ് ഇല്ലാത്ത അല്ല സാറ് സാറിന്റെ സ്വന്തം പോക്കറ്റിൽ കൈ ഇടാറില്ലല്ലോന്ന് അതുകൊണ്ടാണ് സാറെ എപ്പോഴും സാറിന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാ അതുകൊണ്ട് ഞാൻ അത് വെച്ചില്ല മാത്രമല്ല തുണിയില്ല ആ ഭാവുമല്ലോ അപ്പൊ അതായത് ശരിയാ ശരിയാരിക്കട്ടെ എന്നാലും മറ്റുള്ളവർക്ക് തോന്നണം അവിടെ ഒരു എന്താ പോക്കറ്റ് ഉണ്ട് എന്ന് അത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം ലുപ്ത പരധന കാക്ഷി അതുപോലെ ഹിംസാത്മക പരനെ ദ്രോഹിക്കുന്നവൻ അങ്ങനെയാണ് അവൻ ധനം സമ്പാദിക്കുന്നത് ഹിംസാത്മക അശുചി മന മനസ്സിനോ ശരീരത്തിനോ ഒരു ശുചിത്വവും ഇല്ല ശൗചം പഞ്ചവിധം സ്മൃതം നമ്മള് പഠിച്ചുവല്ലോ അല്ലെ ഈ ശുചി ശുചിത്വവും ഒന്നുമില്ലാത്ത അശുചി അശുദ്ധനും ഹർഷശോകാന്വിത സന്തോഷമുണ്ട് ഒപ്പം തന്നെ ദുഃഖമുണ്ട് ആളെപ്പോഴും അങ്ങനെ എന്താ മുല്ല ഒരിക്കൽ ഡോക്ടറെടുത്ത് പോയിന്ന മാനസിക വിദഗ്ധനായിട്ട് എന്നിട്ട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഈ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങയെക്കുറിച്ച് അങ് ഈ മനഃശാസ്ത്ര വിദഗ്ധനോട് പറഞ്ഞു അതെ അങ്ങ് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഈ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഉള്ളവരെ അങ്ങ് ഒന്നാക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട് എനിക്ക് എന്നെ ഒന്ന് സ്പ്ലിറ്റാക്കി തരുമെന്ന് അതെന്തിനാമില്ല ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിച്ചു എന്ന് പറയാം ഒന്നൊന്നൊന്ന് രണ്ടാക്കി തരും അങ്ങനെ ഹർഷശോകാൻത രണ്ടെണ്ണാണ് എപ്പോഴും ഒരുപാട് രണ്ടൊന്നുമല്ല ഒരുപാടുണ്ട് ചിലപ്പോൾ സന്തോഷവാൻ ചിലപ്പോൾ വല്ലാതെ ദുഃഖിതൻ പലതാണ് സന്തോഷവും ദുഃഖവും അതിൻ്റെ മിശ്രിതമാർന്ന കർത്ത കർത്താവ് രാജസഹ പരികീർത്തിത അവൻ രാജസനാണ് ഇടയ്ക്ക് സന്തോഷം ഉണ്ടാവും അതേ സമയത്ത് ദുഃഖവും രണ്ടും ഉണ്ട് എന്നാ ശരി താമസന്റെ കാര്യം എന്താ നോക്കാം ृत स्त नैष्कृति कोलूत्री अयुक्त प्राकृत स्तब नैष अलसा विषादी दीर्घ सूत्री चर्तामस उच्य से ആരാണ് താമസൻ അയുക്ത യുക്തമല്ലാത്ത മനസ്സോടുകൂടിയിട്ടുള്ളവൻ രഥകൽപ്പന പഠിച്ചു അല്ലേ അയുക്ത ആ മനസ്സാസത അയുക്തമായ മനസ്സോടുകൂടിയിട്ടുള്ളവൻ ദുഷ്ടാശ്വ ഇവ സാര മനസ്സടങ്ങാത്തവൻ എന്ന് പറയാം മനസ്സങ്ങനെ കറങ്ങി കറങ്ങി കിറങ്ങി കിറുങ്ങി അങ്ങനെ നടക്കുന്നു ഓ ഒരു എന്താ പറയുക ഇരിക്കപറതി ഇല്ല ഇരിക്കുമ്പോൾ തോന്നുന്നു നടക്കണം നടക്കുമെന്ന് തോന്നു കിടക്കണം കിടക്കുമ്പോന്നു ഇങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റില്ല പ്രാകൃത പ്രാകൃതൻ എന്ന് പറഞ്ഞാൽ കാട്ടുജാതിക്കാരൻ എന്നല്ല പ്രാകൃതൻ എന്ന് പറയുമ്പോൾ ഇവിടെ സംസ്കാരമില്ലാത്തവൻ എന്നാണ് ആരാണ് പ്രാകൃതനാവുന്നത് ഇതന്നെ ശാസ്ത്രശ്രവണവും ഗുരു ഉപദേശവും ഇല്ലെങ്കിൽ പ്രാകൃതൻ തന്നെ പ്രാകൃത സ്തബ്ധ സ്തബ്ധെന്ന് പറഞ്ഞാൽ ഒന്നിനും വഴങ്ങാത്തവൻ ഒരു നമ്മൾ പറയില്ലേ ഒരു മയവില്ല അതെ ഒരാൾക്കും വഴങ്ങില്ല ഒരു ഇഞ്ച് പിറകിലേക്ക് എടുക്കാൻ പറഞ്ഞാൽ വണ്ടി എടുക്കില്ല അവിടെ വയ്ക്കും ആൻഡ്രോയിഡ് കിട്ടും ഓഫാക്കി പോണ്ട ആരും പോണ്ടെന്ന് പറയും ഇല്ലേ ചിലരിങ്ങനെ കയ്യൊക്കെ കാണിക്കും വഴങ്ങില്ല എന്ന് പറയും അനങ്ങില്ല ശട ചട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനാര ഗൂഢമായി രഹസ്യമായിട്ട് ഈ എന്താ പറയുക പ്രിയമല്ലാത്തതിനെയൊക്കെ ചെയ്യുന്നവൻ രഹസ്യമായി ഉപദ്രവിക്കുന്നവൻ നമുക്കറിയില്ല ഇവൻ നമ്മളെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് അവൻ്റെ ഉപദ്രവങ്ങളൊക്കെ രഹസ്യമായിട്ടാണ് നമ്മുടെ നമ്മളതിന് മലയാളത്തിൽ പറയുമല്ലോ തോളിൽ നിന്ന് ചെവി തിന്നു പറയില്ലേ ആ തന്നെ നമ്മളറിയില്ല നോക്കുന്ന സമയത്ത് ചെവി കാണില്ല മുമ്പ് കൊണ്ടുപോയിട്ടുണ്ടാവും രഹസ്യമായിട്ടാണ് ആൾ ചെയ്യുക നൈഷ്കൃതിക അതേ നൈഷ്കൃതിക പരനെ നിന്ദിക്കുന്നതിൽ താല്പര്യമുള്ളവൻ അലസഹ മടിയൻ വിഷാദി വിഷാദി എന്ന് പറഞ്ഞാൽ മനസ്സിന് ക്ഷീണമുള്ളവൻ ദീർഘസൂത്രി അങ്ങേയറ്റം അമാന്തക്കാരൻ അവനെ ഒന്നിങ്ങോട്ട് എഴുന്നേക്കൂ എന്ന് പറഞ്ഞാൽ എഴുന്നേക്കാൻ തന്നെ ഒരുപാട് സമയമെടുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ പറഞ്ഞാലേ ഇവരോടൊക്കെ ആ ഏൽക്കും ഏൽക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ പിടിച്ചിട്ട് ചില സമയത്ത് ചില വളരെ എന്താ പറയുക ഈ ആക്റ്റീവായിട്ട് നിലകൊള്ളണ്ടടുത്തൊക്കെ ഇവരൊക്കെ വന്നിരുന്നു കളയും പ്രസിഡന്റായിട്ടും സെക്രട്ടറിയൊക്കെ ആയിട്ട് അതെ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുള്ള കുട്ടികളോടൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അയ്യോ എഴുന്നേറ്റ് വരാൻ അതൊക്കെ ചില സമയത്ത് നമുക്ക് വല്ലാതെ ദേഷ്യം വരും എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ഒന്നൊന്നൊന്നൊന്ന് ഒരു ബാഗ് തുറക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അത്ഭുതം അതിന്റെ സിബ് എവിടെയാന്നാണ് ആദ്യം നോക്ക് സിബ് തുറക്കുന്നില്ല സ്വാമി നാളെ എടുത്ത് വരാൻ അല്ലാത്ത അവരെല്ലാം അതെന്താ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഈ താമസത്തിന് എന്താണ് കാരണം ഭക്ഷണം അങ്ങനത്തേതാ കഴിക്കുന്നത് പഴം കഞ്ഞിയും പഴയ സാമ്പാറും അതങ്ങട്ട് കഴിച്ചാൽ പിന്നെ എന്ത് ഊർജ വരിക ഒന്നും വരില്ല കണ്ണിങ്ങനെ അങ്ങനെ എങ്ങനെയാ മയങ്ങിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ള കഞ്ഞി അല്ല കർത്ത കഞ്ഞിയല്ല കർത്ത താമസ ഉച്ച അവനെ താമസൻ എന്ന് പറയും താമസൻ എന്ന് പറഞ്ഞ ഇതാണ് അമാന്തക്കാരൻ എല്ലാറ്റിനും എന്ത് പറഞ്ഞാലും അവന് അമാന്തമാണ് ഏത് പ്രവൃത്തിയിലും പത്തുമണിയുടെ ട്രെയിനിന് ആള് ഒമ്പതേ അമ്പത്തഞ്ചിനാണ് വീട്ടിൽ നിന്ന് ട്രെയിൻറെ വഴിയോടോ ഇല്ല എന്ന് പറയാ തിരിച്ചു പോരും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ട്രെയിനിൽ കയറി വേറൊരു വഴിക്ക് പോകും ട്രെയിനിൽ പോകണം എന്നേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെയൊക്കെ ശൃണു പ്രോച്യമാനമശേഷേണ പൃഥക്വേന ധനഞ്ജയാ ബുദ്ധേ ഭേദം ധൃദേഹേ ചുണത ത്രിവിധം ശൃണു പ്രോച്യമാനാൻ അശേഷേണ പൃഥക്വേന ഹേ ധനഞ്ജയ അല്ലയോ അർജുന ബുദ്ധേ ധൃതേ ചുദ്ധിയുടെയും ധൃതിയുടെയും എന്താണ് ബുദ്ധി എന്ന് പറഞ്ഞാൽ പറയണു ബുദ്ധിയതേ അനേന ബുദ്ധ്യത അനേന എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് അറിയുന്നത് ബുദ്ധി ധൃതി ധൈര്യം ആരംഭിച്ച കർമ്മങ്ങൾ വിഘ്നം കൂടാതെ മുൻ മുൻപിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു തയ്യാർ ആ ഒരു തയ്യാറെടുപ്പ് അതാണ് ധൃതി ഗുണതഹ അതിൻ്റെ ഗുണമനുസരിച്ചുള്ള ത്രിവിധം മൂന്ന് വിധത്തിലുള്ള ഭേദം വ്യത്യാസത്തെ അശേഷേണ പൂർണ്ണമായി മുഴുവനുമായി പൃഥഗ്വേന അതേ അതേസമയം വെവ്വേറെയായി പ്രോച്യമാനം പറയുന്നതിനെ ശൃണു ത്വം ശൃണു നീ കേട്ടാലും എന്നിൽ നിന്ന് കേട്ടാലും ഇനി ഞാൻ നിനക്ക് പറഞ്ഞു എന്തൊക്കെയാ പറഞ്ഞു പോകുന്നത് ബുദ്ധിയുടെയും ധൃതിയുടെയും ഗുണഭേദം ഓ പൂർണ്ണമത പൂർണ്ണമിതം പൂർണ പൂർണ്ണമുതച്ച പൂർണ്ണ പൂർണമായ പൂർണമേവാവിഷ്യ ഓ ശാ ശാ ശാ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 അതേസമയം വെവ്വേറെയായി പ്രോച്യമാനം പറയുന്നതിനെ ശൃണു ത്വം ശൃണു നീ കേട്ടാലും എന്നിൽ നിന്ന് കേട്ടാലും ഇനി ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്തൊക്കെയാ പോകുന്നത് ബുദ്ധിയുടെയും ധൃതിയുടെയും ഗുണഭേദം നമ്മുടെ ധൃതിയല്ലേ ഓടിപ്പടിച്ചു പോകുന്നത് മലയാളത്തിലെ ധൃതിയല്ല പറയാൻ പോകുന്നു എന്താണ് പ്രവൃത്തി േത്തി ഇതൊക്കെ വളരെ ലളിതമായ ശ്ലോകങ്ങളാണ് പക്ഷേ ഭഗവാൻ ഇതില് എല്ലാ ആശയങ്ങളെയും സംഗ്രഹിച്ചിരിക്കുക പ്രവൃത്തി നിവൃത്തി കാര്യാകാര്യെ ഭയേ ഭയാഭയേ ബന്ധം മോക്ഷം ച യാ വേത്തി ബുദ്ധി സ പാർത്ഥ അല്ലയോ അർജുന പ്രവൃത്തിം പ്രവൃത്തി നിവൃത്തി പ്രവൃത്തിയെയും പ്രവൃത്തി എന്ന് പറഞ്ഞു കർമ്മം പ്രവൃത്തി എപ്പോഴും ബന്ധനം ഉള്ളതാണ് പ്രവൃത്തിയുടെ സ്വഭാവം ബന്ധമുണ്ടാക്കുന്നത് അപ്പൊ എന്തറിയണം നിവൃത്തിച അതിൽ നിന്നുള്ള വിടുതലിനെയും അറിയണം ചക്രവ്യൂഹത്തിലേക്ക് പ്രവേശിക്കാൻ എളുപ്പമാണ് ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പ്രയാസമാണ് അതുകൊണ്ട് ചക്രവ്യൂഹവും അറിയണം പത്മവ്യൂഹവും അറിയണം പത്മവ്യൂഹം എന്താണ് താമരയുണ്ടത് ഒട്ടലില്ലായ്മ ചക്രം പ്രവർത്തിതം കർമ്മത്തിനെ സൂചിപ്പിക്കുന്നു ചക്രം നിരന്തരമായ പ്രവൃത്തി അപ്പൊ പ്രവർത്തിച്ച നിവർത്തിച്ച ബന്ധമുണ്ടാക്കുന്ന കർമ്മമാർഗവും അതുപോലെ മോക്ഷമാർഗവും ആ കർമ്മത്തിൽ നിന്നുള്ള വിടുതലിനെയും അറിയണം രാമകൃഷ്ണദേവന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചക്കമുറിക്കാൻ അറിയണം എണ്ണ പുരട്ടാൻ നേരത്തെ അറിയണം അല്ലെങ്കിൽ കുഴപ്പമാണ് രാമകൃഷ്ണദേവൻ നിർവഹിച്ചിരിക്കുന്നത് കർമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ ചക്ക മുറിക്കലാണ് അതിനിത്രയും വേണ്ടു എണ്ണ പുരട്ടണം ഇല്ലേ സ്വാമി പറഞ്ഞിട്ടുള്ളതാണ് പഴുത്തതാണെങ്കിൽ ചുണ്ടിലും പുരട്ടണം ഇതിനെയാണ് ഇടയ്ക്കിടയ്ക്ക് നമ്മളെടുത്ത് കഴിക്കാനുള്ള ഒരു ശ്രമം നടത്തുക അങ്ങനെ ചെയ്യാറുണ്ട് ഇല്ലേ ഇല്ല ഉണ്ട് ഉണ്ട് അതെ അപ്പൊ പ്രവൃത്തി ബന്ധമുണ്ടാക്കുന്ന കർമ്മമാർഗം നിവൃത്തി മോക്ഷമാർഗം കാര്യ കാര്യം കാര്യം അകാര്യം എന്തൊക്കെയാണത് ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ടത് ചെയ്യാൻ പാടില്ലാത്തത് ഇത് നമ്മെ മാത്രം സംബന്ധിക്കുന്നതാ കർത്തും അകർത്തും അന്യതാകർത്തും നമ്മുടെ സ്വാതന്ത്ര്യം ചെയ്യുക ചെയ്യാതിരിക്കുക മറിച്ച് ചെയ്യുക അപ്പൊ ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യ ചെയ്യേണ്ടുന്നതും ഈ എന്താ പറയുക ഇത്തരത്തിലുള്ളൊരു തിരിച്ചറിവില്ലാതെ ജീവിതം പൂർണ്ണമാകുന്നില്ല എന്നാണ് ഋഷി പറയുന്നത് അതുകൊണ്ട് ഭയാഭയേ ഭയം അഭയം എവിടെയാണ് നമുക്ക് ഭയം വേണ്ടത് എവിടെയാണ് അഭയം വേണം ഏതിനോട് പേടി വേണം ഏതിനോട് പേടി ഇല്ലായ്മ വേണം ഏതിനെയാണോ പേടിക്കേണ്ടാത്തത് അതിനെയാണ് നമ്മളിപ്പോൾ പേടിച്ചിരിക്കുന്നത് അതേതാണ് ഈശ്വരൻ ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുക്കുന്നത് എടാ ഈശ്വരനെങ്കിലും പേടി വേണം നിനക്ക് വേറെ ആരെയും പേടിക്കില്ല അല്ലെ ഈ ലോകത്തിൽ പേടിക്കേണ്ടാത്ത എന്തെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ അതെന്താണ് ഈശ്വരൻ അതുകൊണ്ട് ഭയം എവിടെയാണ് അഭയം എവിടെയാണ് ഇത് വേർതിരിച്ചറിയണം പിന്നെയോ ചെയ്യേണ്ടത് ചെയ്യുക ചെയ്യേണ്ടാത്തത് ചെയ്യാതിരിക്കുക അപ്പൊ അവിടെയാണ് ഭയവും അഭയവും ഇരിക്കുന്നത് ബന്ധം മോക്ഷം ച ബന്ധം ച മോക്ഷം ച ബന്ധത്തെയും മോക്ഷത്തെയും കെട്ടിനെയും വിടുതലിനെയും യുദ്ധി യാതൊരു ബുദ്ധിയാണോ വേത്തി അറിയുന്നത് സാത്വികി അതാണ് സാത്വിക ബുദ്ധി അപ്പൊ ബുദ്ധിയുടെ സാത്വികമായ ഭാവം വിടുതലുണ്ടാക്കുന്നതാണ് സാത്വികമായ ബുദ്ധി അതേസമയം അത് കർമ്മം ചെയ്യുന്നില്ലേ ഉണ്ട് അപ്പൊ സാത്വികമായ ബുദ്ധി എന്ന് പറയുമ്പം നിരന്തരമായ കർമ്മമുണ്ട് പക്ഷേ ഒപ്പം എന്തുണ്ട് വിടുതലും ഉണ്ട് അപ്പൊ പ്രവൃത്തിയും നിവൃത്തിയും ആരാണോ അഭ്യസിക്കുന്നത് ഒരുമിച്ച് അതുകൊണ്ട് ഉപനിഷത്തിൽ പറയുന്നുണ്ട് വിദ്യയെയും അവിദ്യയെയും ആരാണോ ഒരുമിച്ചറിയുന്നത് രണ്ടും ഒരുമിച്ചറിയേണ്ടതാണ് രണ്ടും അറിയേണ്ടതാണ് എന്ന് പറയും അതാണ് അതിന്റെ എന്താ വിശേഷപ്പെട്ട ജ്ഞാനം അറിയാം എന്നുള്ളത് തുടർന്ന് കാര്യം കാര്യമേവ അയഥാവുദ്ധി സാർഥരാജസി യർമ്മം അധർമ്മം ചാര്യം ച അകാര്യം ച അയഥാവത് പ്രജാനാദി ബുദ്ധിഹി സ പാർത്ഥ രാജസി ഹേ പാർത്ത അല്ലയോ അർജുന യയാ എന്ന് പറഞ്ഞാൽ യാതൊന്നുകൊണ്ട് ധർമ്മം അധർമ്മം ച ധർമ്മത്തെയും അധർമ്മത്തെയും ധർമ്മം കർത്തവ്യമായിട്ടുള്ള കർമ്മങ്ങൾ അതുപോലെ ചുമതല എന്താ ചെയ്യാൻ ചുമതലപ്പെട്ടിട്ടുള്ളതൊക്കെ ധർമ്മമാണ് എല്ലാ ധർമ്മം എന്ന് പറഞ്ഞാൽ വിശേഷപ്പെട്ട മൂല്യങ്ങളെല്ലാം തന്നെ ധർമ്മത്തിന്റെ പട്ടികയിൽ പെടുന്നു അതുകൊണ്ട് ധർമ്മത്തെ ഇങ്ങനെ വേണം മനസ്സിലാക്കാൻ സത്യം പറയുക എന്താണ് ധർമ്മമാണ് സ്വകർമ്മം ചെയ്യാന്നുള്ളത് ധർമ്മമാണ് പരമമായ ധർമ്മം ബ്രഹ്മമാണ് ആ ബ്രഹ്മത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ മൂല്യങ്ങളെല്ലാം അതുകൊണ്ട് എല്ലാ വിശിഷ്ടമൂല്യങ്ങളെയും ധർമ്മത്തിന്റെ പട്ടികയിൽ പെടുത്തി മനസ്സിലാക്കിക്കൊള്ളുക അധർമ്മം ആ ബ്രഹ്മത്തിൽ നിന്ന് അകലാൻ സഹായിക്കുന്നതല്ല അധർമ്മം ഇതിനെ ധർമ്മം അധർമ്മം ച ധർമ്മത്തെയും അധർമ്മത്തെയും ഇതുപോലെ കാര്യം അകാര്യം കാര്യത്തെയും അകാര്യത്തെയും ച അയാവത് പ്രജ പ്രജാനാതി തെറ്റായിട്ട് ന യഥാ ഇതി അയതാവത് ശരിയായിട്ട് ഉള്ളതല്ലാത്തത് അങ്ങനെ ആരാണോ പ്രജാനാദി അറിയുന്നത് സ ബുദ്ധി രാജസി ആ ബുദ്ധി രാജസമായിട്ടുള്ളതാകുന്നു അതിനെ ശരിക്കും അവിടെ എന്തുണ്ട് എന്നറിയോ ധർമ്മം അധർമ്മം ധർമ്മമാണെന്നും ധർമ്മ അധർമ്മമാണെന്നൊക്കെ തോന്നുന്നു അർജുനന്റെ അവസ്ഥ അതാണ് അതുകൊണ്ടാണ് നമ്മൾ അർജുനനെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് മനസ്സിലാക്കാതെ മനസ്സിലാക്കിയാൽ നമ്മൾ വിചാരിക്കും അർജുനൻ അഹി അഹിംസാവാദിയാണ് ഭഗവാനാണ് അർജുനനെ ഹിംസയിലേക്ക് നയിക്കുന്നത് നമുക്കങ്ങനെ തോന്നും അതെന്താ തെറ്റായിട്ടുള്ള തോന്നലാണ് നമുക്കങ്ങനെയാണ് ഈ മഹാഭാരതം ഭഗവാൻ വേദവ്യാസൻ ഘടിപ്പിച്ചിരിക്കുന്നതേ അങ്ങനെയാണ് ഏതൊരു കൈകളിലാണ് ഇതൊക്കെ ഭദ്രമായി ഇരിക്കേണ്ടത് ആ കൈകളിൽ ചില ച്യുതികൾ വരുത്തിക്കൊണ്ട് വീഴ്ചകൾ വരുത്തിക്കൊണ്ട് മഹാഭാരതം കഥ പറയുന്നുണ്ട് അല്ലേ പുത്രധർമ്മ രാജാവിന്റെ ധർമ്മത്തെ മറ്റു മറ്റ് പല ആളുകളുടെയും ധർമ്മത്തെ ആ ധർമ്മത്തിലൊക്കെ വീഴ്ചകൾ കാണാമെന്ന് പറയാം അപ്പൊ ആ ധർമ്മത്തിൽ വീഴ്ചകൾ കാണുന്ന സമയത്ത് നമ്മൾ ഇത് ശരിയാണ് എന്ന് കരുതിയാലോ നമുക്ക് തെറ്റി എന്ന് പറയാം അതുകൊണ്ട് എന്താണ് രാജസമായിട്ടുള്ള ബുദ്ധിയാകുന്നു രാജസബുദ്ധി എപ്പോഴും തെറ്റിദ്ധാരണയ്ക്ക് ഇട നൽകുന്നതാണ് ശരിയേത് തെറ്റ ചെറിയൊരു എന്താ പറയാ ഒരു എന്താ ഒന്ന് വേണ്ടത്ര ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതൊന്ന് മാറിക്കിട്ടും ചെറിയൊരു ധാരണാപിശ താമസത്തിനെ കുറിച്ച് പറയണു അതിന്റെ സ്ഥിതി എന്താ നോക്കാം അധർമ്മം അധർമ്മം ധർമ്മം സർവാർ വിപരീത അല്ലയോ അർജുന തമസ അജ്ഞാനം ആവരണം ചെയ്യപ്പെട്ടാ അധർമ്മം ധർമ്മം ഇതി യാതൊന്ന് അധർമ്മം അധർമ്മത്തെ ധർമ്മം ഇത് ധർമ്മം എന്നും അവരെപ്പോഴും അങ്ങനെയാണ് അധർമ്മത്തെ ധർമ്മമായിട്ട് വ്യാഖ്യാനിക്കും അതിനു വേണ്ടിയിട്ട് അവർക്ക് ഏത് പ്രമാണവും എടുത്ത് ഉദ്ധരിക്കാൻ വളരെ ഗംഭീരമാണ് മദ്യേ മഹാഭാരതം എന്നാണ് അറിയോ നിങ്ങൾക്ക് ഭാര്യ കുറച്ച് മദ്യം കഴിച്ചപ്പോ പറയാ അല്ല ക്ഷമിക്കണേ പാവ അവർക്കറിയില്ല അങ്ങനെ പറഞ്ഞ മഹാഭാരതം തന്നെ ഉണ്ടായത് മദ്യത്തിൽ നിന്നാണെന്ന് നീ എന്താ മദ്യത്തിനെ കുറിച്ച് മനസ്സിലാക്കി അറിയോ നിനക്ക് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് മദ്യാജി നമസ്കുരു എന്ന് മദ്യം കഴിച്ചവന് ഉടനെ നമസ്കരിക്കണം അവരങ്ങനെയൊക്കെ അടിച്ചു കളയും എപ്പോഴും അവരുടെ സംസാരം അങ്ങനെ ധർമ്മം അധർമ്മം അത് കേട്ടിട്ടില്ലേ ഒരാള് തെങ്ങിന്റെ മുകളിൽ നിന്ന് വീണിട്ട് വളരെ കുട്ടികൾക്കൊക്കെ അറിയുന്നെ ഈ കുട്ടികളുടെ ഇടയിലുള്ള തമാശ അവർ പറഞ്ഞു തരുന്നത് അതെങ്കിന്റെ മുകളിൽ നിന്ന് വീണ് ആശുപത്രി കൊണ്ടുപോയി അത്ര അപ്പൊ ഡോക്ടർ ചോദിച്ചു ഇതെന്താ ഒന്നും നേരത്തെ കൊണ്ടുവരണ്ടേ അപ്പൊ പറയാം നേരത്തെ വീണ് കിട്ടണ്ടേ എന്ന് ഇത് വീഴണ്ടെങ്ങട്ട് നേരത്തെ താമസം ഇത്തരത്തിലുള്ള ജ്ഞാനം അതിനെ മനസ്സിലാക്കുക അല്ലെങ്കിൽ അതിൻ്റെ വിനിമയമൊക്കെ അധർമ്മം ധർമ്മം ഇതി അധർമ്മത്തെ ധർമ്മമായിട്ട് കരുതും സർവാർത്ഥാൻ എല്ലാ കാര്യങ്ങളെയും വിപരീതാൻ വിപരീ വിപരീതങ്ങളായിട്ട് മന്യത മനസ്സിലാക്കും അങ്ങനെ അതൊരു വളരെ ഗംഭീരാണ് ഇതിലവർ അത്ഭുതപ്പെട്ടു പോകും നമ്മൾ എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവരതിനെ വളച്ച് വളരെ മനോഹരമായിട്ട് പറയും അങ്ങനെയാ സ്വാമി പറഞ്ഞ അതെയോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞു അപ്പൊ സർവാർത്ഥാൻ വിപരീതാൻ മന്യത്തെ എല്ലാറ്റിനെയും വിപരീതമായി തല തിരിഞ്ഞ് തല തിരിച്ച് അതിനെ മനസ്സിലാക്കുന്നു സബുദ്ധി ഹി താമസി അത് താമസമായിട്ടുള്ള ബുദ്ധിയാണ് എന്ന് പറയാം ഈ ഭർത്താവ് എപ്പോഴും ഭാര്യയെ എന്ത് പറഞ്ഞാലും കള്ളി എന്ന് വിളിക്കും കള്ളി എന്ന് പറഞ്ഞാൽ കളവ് ചെയ്യുന്ന അത് എന്നുള്ളതിലാണ് പറയുന്നത് അപ്പം ഒരു ദിവസം അവരുടെ അവർ സാധനം മേടിക്കുന്ന കടയിൽ നിന്ന് കയ്യോടുകൂടി കടക്കാരൻ ഈ ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഭാര്യ ഒരു വലിയ എന്താ എന്തോ സാധനം അവിടുന്ന് എടുത്ത് ബാഗിലിട്ടു കൈയോടെ അവർ പിടികൂടി അപ്പം അദ്ദേഹത്തിന് വല്ലാതെ വിഷമായി ഇങ്ങനെ അയാൾ അദ്ദേഹം ഇവർ ആദ്യം നിഷേധിച്ചു ആദ്യം ഇദ്ദേഹം ഇദ്ദേഹം പറഞ്ഞു എന്തോ ഒരു ഇളവനോ അങ്ങനെ എന്തോ ആണ് എടുത്ത് അതിലിട്ടത് പറഞ്ഞ അതിൻ്റെയും കൂടെ കാശ് ഏത് കാശ് എന്ത് കാശ് എന്നൊക്കെ ചോദിച്ച അപ്പം പറഞ്ഞ ഇല്ല ഞാൻ എന്നാ നോക്കട്ടെ എന്ന് പറഞ്ഞ അപ്പൊ പിന്നെ അങ്ങനെ ഭർത്താവ് പറഞ്ഞു ചോ നീ എന്തൊരു എന്റെ മാനം പോയല്ലോ നീ എന്താ ഇങ്ങനെ ചെയ്തതെന്ന് അപ്പൊ അവര് പറയാ എന്നെ പണ്ണും നിങ്ങൾ വേദം ചൊല്ലിയെ നാവ് കൊണ്ടേ കള്ളി കള്ളി വിളിച്ച് അപ്പടിയാച്ച് ഇനി ഞാൻ എന്നെ പണ്ണും അതെ വേദം ചൊല്ലിയതല്ലേ അത് സത്യ സത്യമായി ഭവിക്കും എന്ന് പറയാം അതുകൊണ്ട് അപ്പടി അച്ഛ വിപരീത അതെപ്പോഴും വിപരീതങ്ങളായിട്ട് ഭവിക്കും എന്ന് പറയാം അന്യത് സാ ബുദ്ധി താമസി ഇത് താമസമായിട്ടുള്ള ബുദ്ധിയുടെ ലക്ഷണം തുടർന്ന് ൃത്യാ ധാരയത്തെ മനഃ പ്രാണേന്ദ്രിയോഭിചാരണ്യ ധൃതി സാർ സാത്വി ധൃതിയെ കുറിച്ച് ഭഗവാൻ പറയുന്നു അല്ലയോ അർജുന ഹേ പാർത്ഥ യോഗേന യോഗം നിമിത്തം ചേർച്ചമ എന്തൊക്കെയാണോ വിശിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അതുമായിട്ടുള്ള ചേർച്ച നിമിത്തം അവ്യഭിചാരിണ്യ മറ്റൊന്നിലും പ്രവേശിക്കാത്ത സമാധി നിഷ്ഠയാർന്ന യയാധൃത്യ യാതൊരു ധൃതി പറഞ്ഞു ധൃതി എന്ന് പറഞ്ഞു ആ ബുദ്ധിപൂർവം തുടങ്ങിവെച്ചതിന് വീണ്ടും ചെയ്യാനുള്ള പ്രേരണയാൽ തുടർന്നു വരുന്ന ആ അനുഷ്ഠാനങ്ങൾ നമ്മൾ തുടങ്ങും ല്ലേ നാളെ മുതൽ ഞാൻ ഒന്നാംതി આવട്ടെ 4 മണിക്ക് എഴുന്നേൽക്കണം എന്നിട്ടോ ഒന്നാംതി എഴുന്നേൽ കൊള്ളിയ ഇംഗ്ലീഷ് ഒന്നാവട്ടെ എന്ന് പറയും ല്ലേ മലയാളം ഒന്നും കഴിഞ്ഞാ ഇംഗ്ലീഷ് ഒന്നും പിന്നെ ജനുവരി ഒന്നാവട്ടെ എന്ന് গাইരും അങ്ങനെ നമ്മൾ നേടണ്ടോ ഇത് അങ്ങനെയാല്ല എന്ന് പറയും മനഃപ്രാണേന്ദ്രിയ ക്രിയാഹ മനസ്സിൻ്റെയും പ്രാണന്റെയും ഇന്ദ്രിയങ്ങളുടെയും ക്രിയകളെ ക്രിയാ ക്രിയകളെ ധാരയതെ ധരിക്കുന്നുവോ ശരിയാ വിധം ധരിക്കുന്നുവോ സാധൃതി ആ ധൃതി സാത്വികി അതിനെ ആ ശരിയായ വിധത്തിലാണ് അത് ഉൾക്കൊള്ളുന്നത് ഇത് ചിലതുണ്ട് ഈ ഉൾക്കൊള്ളും പക്ഷേ അത് പിന്നീട് ചെയ്യുന്ന സമയത്ത് നേരെ വിപരീതമാവും ഈ കുട്ടികളുടെ ഒരു പുസ്തകമുണ്ട് എന്താ മണ്ടൻ ചിപ്പായോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഗുരുവും ശിഷ്യരും കൂടെ ഉള്ളൊരു കഥ ഗുരുവിൻ്റെ ഉത്തരീയം കാളവണ്ടിയിൽ നിന്ന് പോകുന്ന വീണു ഗുരു ഇങ്ങനെ ഉറങ്ങായിരുന്നു അത് വീണുപോയി ആശ്രമത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത് അത് കണ്ടില്ല അപ്പൊ ചോദിച്ചു എവിടെ പോയിന്ന് അപ്പം ഗുരു അതിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് അത് വണ്ടിയിൽ നിന്ന് ഇങ്ങനെ വീണുപോയി നീ കണ്ടു അത് ഞാൻ കണ്ടു നീ എന്താ എടുക്കാഞ്ഞത് അത് ഗുരു പറഞ്ഞതൊന്നും നീ വണ്ടിയിന്ന് വീണു കഴിഞ്ഞാ എടുക്കണം എന്ത് വീണാലും ശരിക്കുന്നത് പിന്നെയാണ് വണ്ടിന്ന് പോകുമ്പോ ഈ എന്താ പറയാ ഇതിങ്ങനെ ചാണക ഇട്ടുകൊണ്ടിരിക്കും അത് മുഴുവൻ എടുത്ത് വണ്ടിയിൽ വെച്ചു കൊണ്ട് വണ്ടിയിൽ നിന്ന് എന്ത് വീണാലും എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇങ്ങനെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അതെ ഈ ഒരു പത്രപ്രവർത്തകൻ പുതിയതായിട്ട് പത്രത്തിലേക്ക് എന്താ പറയാ ചേർന്നു അപ്പം അദ്ദേഹം എഴുതുന്ന ന്യൂസിൽ നല്ല എന്താ ഒരു പുതിയതായിട്ട് അവസരമൊക്കെ കൊടുക്കുകയാണല്ലോ അപ്പൊ അങ്ങനെ എഴുതുന്നതിലൊക്കെ ഒരു ചിലതൊക്കെ അങ്ങോട്ട് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതും അപ്പം അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളുണ്ടാവും അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഉറപ്പില്ലാത്തതിനെ അങ്ങനെ എഴുതാൻ പാടില്ല അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ഭാഗം ഒന്ന് എന്താ സേഫാക്കി വയ്ക്കണം അതുകൊണ്ട് എന്ന് പറയപ്പെടുന്നു എന്ന് എഴുതിയാൽ മതി എന്നാൽ കുഴപ്പമില്ല എന്ന് പറയുന്നത് അപ്പം നമുക്കുറപ്പില്ലാത്ത കാര്യം അങ്ങനെ അങ്ങോട്ട് എഴുതാൻ പാടില്ല അതുകൊണ്ട് പറയപ്പെടുന്നു എന്ന് എഴുതി വയ്ക്കണം ശരി സാറേ ഇനി അങ്ങനെയാവാം അങ്ങനെയാണ് പിന്നെ മന്ത്രിയുടെ പരിപാടി മന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്നത് ഭാര്യയാണെന്ന് പറയപ്പെടുന്നു പോരെയൊക്കെ ഇതൊക്കെ സംഭവിക്കാന്ന് പറയുക ഒക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ധൃത്യാ ധൃതി ഉൾക്കൊള്ളുന്നത് നമുക്ക് പലപ്പോഴും ഇത് തമാശയാണെങ്കിലും അതിൻ്റെ ശരിയായ ധാരണ ഇല്ലെങ്കിൽ നമ്മളങ്ങനെയാ വീടുകളിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഇല്ലേ ഇപ്പം ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവ് കാപ്പി കൊണ്ട് കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു കാപ്പി എനിക്ക് വേണ്ട പിന്നെ മൂവർക്ക് കാപ്പി കിട്ടില്ല ഒരു ദിവസവും കിട്ടില്ല അപ്പൊ നിങ്ങളുടെ ഈ ഓരോ ഇന്നലെ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു ഇന്നിപ്പം നിങ്ങൾക്ക് വേണം അപ്പൊ ഒരിക്കൽ വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഇനി ഒരിക്കലും വേണ്ട അതായത് ഈ ധൃതി എന്ന് പറയുമ്പോൾ അവസരത്തിനൊത്ത് ഉയരാനുള്ള ഒരു ദിഷണാവൈഭവമാണത് ധൃതിയെക്കുറിച്ച് ഭഗവാൻ പറയുന്നു അല്ലയോ അർജുന ഹേ പാർത്ഥ യോഗേന യോഗം നിമിത്തം ചേർച്ച നിമിത്തം എന്തൊക്കെയാണോ വിശിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അതുമായിട്ടുള്ള ചേർച്ച നിമിത്തം അവ്യഭിചാരിണ്യ മറ്റൊന്നിലും പ്രവേശിക്കാത്ത സമാധി നിഷ്ഠയാർന്ന യയാധൃത്യ യാതൊരു ധൃതി കൊണ്ട് പറഞ്ഞു ധ ധ ധ ധൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബുദ്ധിപൂർവം തുടങ്ങിവെച്ചതിന് വീണ്ടും ചെയ്യാനുള്ള പ്രേരണയാൽ തുടർന്നു വരുന്ന ആ അനുഷ്ഠാനങ്ങൾ നമ്മൾ തുടങ്ങും അല്ലേ നാളെ മുതൽ ഞാൻ ഒന്നാം തീയതി ആവട്ടെ നാല് മണിക്ക് എഴുന്നേക്കും എന്നിട്ടോ ഒന്നാം തീയതി എഴുന്നേക്കും ഇംഗ്ലീഷ് ഒന്നാവട്ടെ എന്ന് പറയും അല്ലേ മലയാളം ഒന്ന് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഒന്ന് പിന്നെ ജാൻവരി ഒന്നാവട്ടെ എന്ന് കരുതുന്നു അങ്ങനെ നമ്മൾ നീണ്ടുന്നുണ്ട് ഇത് അങ്ങനെയല്ല എന്ന് പറയാം മനഃ പ്രാണേന്ദ്രിയ ക്രിയാഹ മനസ്സിൻ്റെയും പ്രാണൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ക്രിയകളെ ക്രിയാ ക്രിയകളെ ധാരയതെ ധരിക്കുന്നുവോ ശരിയാം വിധം ധരിക്കുന്നുവോ സാധൃതി ആ ധൃതി സാത്വികി സാത്വികിയാണ് അതിനെ ആ ശരിയായ വിധത്തിലാണ് അത് ഉൾക്കൊള്ളുന്നത് ഇത് ചിലതുണ്ട് ഈ ഉൾക്കൊള്ളും പക്ഷെ അത് പിന്നീട് ചെയ്യുന്ന സമയത്ത് നേരെ വിപരീതമാവും അതായത് ഈ ധൃതി എന്ന് പറയുമ്പോ ആ അവസരത്തിനൊത്ത് ഉയരാനുള്ള ഒരു ദിഷണ വൈഭവമാണത് അവസരങ്ങൾക്കൊത്ത് ഉയരാൻ സാധിക്കണം അതുകൊണ്ട് എപ്പോഴും അതാണ് ഈ എന്താ പറയാ പത്മപാതര് എന്ന് ആചാര്യസ്വാമികളുടെ ഒരു ശിഷ്യനെ വിളിക്കാൻ കാരണം എന്താണ് അദ്ദേഹം ഗുരു ആചാര്യസ്വാമികളെ ഇപ്പറത്തിരിക്കുകയാണ് പത്മവാദനെ വിളിച്ച ഉടനെ സംശയമൊന്നുമില്ല ഒറ്റ നടപ്പാണ് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും നടക്കാൻ പറ്റുമോ അത് വേറെ ആ ഒരു സന്നദ്ധതയാണ് അതെന്ന് പറയും ധൃതിയുടെ ലക്ഷണമാണ് സംശയമില്ല അവിടെ കാരണം ബുദ്ധി തെളിവ് തെളിവാർന്നതാണ് പിന്നെ അതിൻ്റെ ഒരു ഒഴുക്കാണ് എന്ന് പറയുക അതിനെ സാത്വികമായിട്ട് ഇവിടെ ഭഗവാൻ പറയുന്നു ഈ ധൃതിയുടെ രാജസവും താമസവും അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടുന്നതാണ് രണ്ടും തമ്മിൽ ബുദ്ധിയും ധൃതിയും നന്നായി തന്നെ മനസ്സിലാക്കണം അപ്പൊ നമുക്ക് തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ ഈ വഴിയിൽ നമുക്ക് തിരുത്താം മാറ്റങ്ങൾ വരും തീർച്ചയായിട്ടും ഭഗവാൻ ധൃതിയെക്കുറിച്ച് ബുദ്ധിയെക്കുറിച്ചൊക്കെ പറയണം അപ്പൊ ധർമ്മത്തെ അധർമ്മത്തെ ധർമ്മമായി കരുതാം ഇതൊക്കെ വളരെ എന്താ ഇന്ന് ഈ ഭഗവത്ഗീതയുടെ ആ ഒരു കാലിക പ്രസക്തി ഉണ്ടല്ലോ ഇതൊക്കെ എത്രത്തോളം പറയാമെന്ന് സ്വാമിക്ക് അറിയില്ല ഇപ്പം ചില കോടതികളിലൊക്കെ ഉണ്ടാകുന്ന വിധി ഇല്ല അല്ലേ അപ്പം നമ്മൾ പരമോന്നത കോടതി എന്നൊക്കെ പറയുമ്പോൾ ധർമ്മത്തിൻ്റെ ഏറ്റവും കേന്ദ്രമായിട്ട് നിലകൊള്ളുന്ന ഇടങ്ങളാണ് ചില വിധിയൊക്കെ വരുമ്പോൾ നമ്മൾ ആകെ എന്താ പറയുക ഒന്നൊന്നും ഒന്നരക്ഷരമുണ്ടാൻ പാടില്ല കാരണം കോടതി അലക്ഷ്യമാവുകയും ചെയ്യും പിടിച്ചു കൊണ്ടുപോകുമല്ലോ അതുകൊണ്ട് സ്വാമി ഒന്നും പറയുന്നില്ല അതെ അപ്പം ധർമ്മം എവിടെയാണ് ധർമ്മം സ്ഥാപിക്കേണ്ടത് അവിടെയൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു അപ്പം ഇത് എന്തുകൊണ്ടാണത് തമസ് തമസ് വന്ന് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ധർമ്മത്തെ അല്ലെങ്കിൽ അധർമ്മത്തെ ധർമ്മമായിട്ടൊക്കെ വ്യാഖ്യാനിക്കാൻ വലിയ വഷമൊന്നുമില്ല എന്ന് പറയാം അത്തരത്തിലുള്ള ബുദ്ധിയെ ഇവിടെ ഗീത പറയണോ താമസിയാണ് താമസികമായിട്ടുള്ളതാണ് അത് വളരെ താമ താമസം വരുന്നതെന്നല്ല താമസിയാണ് തുടർന്ന് ധൃത്യായയാ ധാരയതേ മന പ്രാണേന്ദ്രിയ യോഗേന അവ്യഭിചാരുണ്യ ധൃതി സാ പാർത്ഥ സാത്വികി സാത്വികമായിട്ടുള്ള ധൃതിയെക്കുറിച്ചും ഭഗവാൻ പറഞ്ഞു യോഗം നിമിത്തം സമാധിനിഷ്ഠമായ മറ്റൊന്നിലും പ്രവേശിക്കാത്ത ആ ധൃതി മനസ്സിന്റെയും പ്രാണന്റെയും അതുപോലെ ഇന്ദ്രിയ കർമ്മങ്ങളെ യാതൊന്നാണോ ധരിക്കുന്നത് ആ ധൃതി സാത്വികമാണ് എന്ന് പറയും ഇതുവരെയല്ലേ പറഞ്ഞു നിർത്തിയത് നോക്കാം തുടർന്ന് അപ്പൊ ഭഗവാനിവിടെ തൊട്ട് മുൻപ് പറഞ്ഞു എന്താണ് ധൃതി എന്തിനാണ് ധൃതിയുടെ ലക്ഷ്യാർത്ഥം തന്നെ അത് മനസ്സിന്റെ ഉറപ്പാണ് എന്ന് പറയാം അപ്പൊ ഈ മനസ്സ് ചാടിക്കളിക്കുന്നത് ഈ മനസ്സിനുണ്ടല്ലോ എന്താ ചെയ്യേണ്ടത് ചെയ്യാൻ പാടില്ലാത്തത് ഇങ്ങനെ ഇളകിക്കളിക്കുന്നത് അത് ഈ ധൃതിയുടെ അഭാവമാണ് അല്ലെങ്കിൽ അതിനെ വേർതിരിച്ചറിയാത്തത് കൊണ്ടാണ് എന്ന് പറയാം അപ്പൊ മനസ്സുറപ്പ് അതിലൂടെ എന്തുണ്ടാവും ആ സാത്വികമായ മനസ്സുറപ്പ് അപ്പൊ മനസ്സിന് ഉറപ്പുണ്ടോ നിങ്ങൾക്ക് ഇതിലൊക്കെ സംശയങ്ങൾ വരാം അപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇപ്പൊ നമ്മുടെ തന്നെ ഒരു പ്രധാനമന്ത്രിയെ കൊല്ലുന്ന കാര്യത്തിൽ ഒരാൾക്ക് മനസ്സുറപ്പുണ്ട് പക്ഷെ അത് സാത്വികമാണോ അല്ല അവിടെയും മനസ്സിനൊരു ഉറപ്പുണ്ട് എൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് ബോധ്യമുണ്ട് ഇന്നതാണ് പക്ഷേ അത് ലോക അല്ലെങ്കിൽ തനിക്കോ പരനോ ഗുണം ചെയ്യുന്നില്ല എന്നാ അതുകൊണ്ട് സാത്വികമായത് എന്ന് പറയുമ്പം പരൻ്റെ ഗുണവും കൂടെ അതിൽ എന്ന് പറയും അത്തരത്തിലുള്ള ധൃതി മനസ്സ് പ്രാണൻ ഇന്ദ്രിയങ്ങൾ ഇതിൻ്റെ എന്താ വ്യാപാരങ്ങൾ അത് ധാർമ്മികമായിരിക്കും എന്ന് പറയും അതിനൊരു സ്ഥിരതയുണ്ടാവും അതിനെയാണ് ഭഗവാൻ പറഞ്ഞത് തുടർന്ന് പറയുന്നു യയാർമ്മർമാ ധർമ്മകാമാർത്ഥാൻ ധൃത്യാ ധാരയതേ ഹേ അർജുന പ്രസംഗേന ഫലകാക്ഷി ധൃതി സാ പാർത്ഥ രാജസി രാജസമായതിനെ പറയുന്നു എന്താണ് ഹേ അർജുന അല്ലയോ അർജുന യയാ ധൃത്യാ യാതൊരു ധൃതി കൊണ്ടാകട്ടെ ധർമാർത്ഥ കാമാൻ മോക്ഷം ഒഴികെ ധർമ്മം അർത്ഥം കാമം അതായത് ധർമാർത്ഥ കാമങ്ങളെ ഇതിനെ വേദാന്തത്തിൽ ത്രിവർഗം എന്ന് പറയും ത്രിവർഗം എന്ന് പറഞ്ഞാൽ ഇതാണ് ധർമ്മം അർത്ഥം കാമം പ്രസംഗ ധാരയതയെ ധരിക്കുന്നുവോവും പ്രസംഗേന പ്രസംഗേന എന്ന് പറഞ്ഞ ചേർച്ച കൊണ്ട് എന്നാണ് നമ്മുടെ മലയാളത്തിലെ പ്രസംഗമല്ല ചേർച്ച പ്രസംഗം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ചേർച്ചയാണ് ആരുടെ ചേർച്ച ആരാണോ തന്റെ മുന്നിൽ ഇരിക്കുന്നത് അവരും താനുമായിട്ടുള്ള ഒരു ചേർച്ച വേണം എന്ന് പറയാം അല്ലാതെ എന്തൊക്കെയോ പറയണു ഇല്ലേ ഇരിക്കുന്നവരങ്ങനെ അവര് അങ്ങനെ ഇരുന്ന് കൊടുക്കുകയാണ് ഇദ്ദേഹം അങ്ങനെ എന്താ പറയാ അടിച്ചു വിടുകയാണ് എന്ന് പറയാം കേട്ടിട്ടില്ലേ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനു ശേഷം ഇവിടെ എന്തുണ്ടായി ഒരു കുട്ടി പറഞ്ഞു ഓഗസ്റ്റ് പതിനാറുണ്ടായി വേറെ എന്തുണ്ടാവാനാ പ്രസംഗേന എന്ന് പറയുമ്പോൾ അതിൻ്റെ ചേർച്ച കൊണ്ട് ഫലകാംക്ഷി ഫലകാംക്ഷയുള്ളതായിരിക്കുന്നുവോ ഹേ പാർത്ഥ അല്ലയോ അർജുന സാധൃതി രാജസി അത് രാജസീ രാജസിയായിട്ടുള്ള ധൃതിയാണ് ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ ലളിതമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മുടെ കർമ്മങ്ങൾ എന്ന് പറഞ്ഞു മൊത്തത്തിൽ പെരുമാറ്റം എന്ന് പറയാം നമ്മുടെ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ പെരുമാറ്റമാണെന്ന് പറയാം അതിൽ ഗീതയുടെ പക്ഷം എപ്പോഴും സാത്വികമായതിന് പറയുമ്പം എന്താണ് അപരനെ ബഹുമാനിക്കുക സദാചാരത്തിന്റെ ഹൃദയം എന്ന് പറയും അപരനോടുള്ള ബഹുമാനം അവരനെ ഈ രാജസികത്തിൻ്റെയും താമസികത്തിൻ്റെയും ഒക്കെ ലക്ഷ്യ അവരുടെയൊക്കെ പ്രവൃത്തിയിൽ മറ്റുള്ളവരായിരിക്കും മാർഗം താൻ ലക്ഷ്യവും എന്ത് താൻ ലക്ഷ്യം എന്ന് പറയുമ്പം തൻ്റെ നേട്ടം ലക്ഷ്യം ആ തൻ്റെ നേട്ട നേട്ടത്തെ കൈവരിക്കുന്നതിനായിട്ട് താൻ തൻ്റെ ചില ഉദ്ദേശങ്ങളുണ്ട് അത് കൈവരിക്കുന്നതിനായിട്ട് മറ്റുള്ളവർ തൻ്റെ മാർഗമാണ് അത് ഭാര്യയാകാം കുട്ടികളുമാകാം ആരുമാകാം ഇതൊക്കെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് പോയി കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ നമ്മൾ വിചാരിക്കും വളരെ ഭദ്രമാണെന്ന് ഒരു ഭദ്രത ഒരു ഭദ്രവും ഇല്ല തനിക്ക് ചില തൻ്റേതായിട്ടുള്ള തനിക്ക് ചിലത് നേടിയെടുക്കണം കല്യാണം തന്നെ കഴിച്ചത് അതിനു വേണ്ടിയിട്ടായിരുന്നു എന്തായിരുന്നു അവരുടെ സ്വത്ത് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് മൂപ്പരുടെ പ്രായം വരെ കണക്കൂട്ടി വെച്ചിട്ടുണ്ട് എപ്പം തീരുന്നുള്ളത് ൂരി പോയാലും പോയാലും ഒരു പത്ത് വർഷം അതൊക്കെ കഴിയുമ്പോഴേക്കും ആൾ തീർന്നു പോകും ഒരു വാൽവിനിപ്പോൾ എന്തോ കുറ കുഴപ്പുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ അതൊക്കെ എൻ്റെ കയ്യിൽ വന്നു ചേരും എന്ന് പറയും അപ്പൊ തനിക്ക് മറ്റുള്ളവരെല്ലാം എന്താണ് മാർഗമാണ് എന്ന് പറയുക അങ്ങനെയുള്ളതിനെ അത്തരത്തിലുള്ളതൊക്കെ ഇതൊക്കെയാണ് എന്താ രാജസികമായിട്ടുള്ളതും താമസികമായിട്ടുള്ളതും ഫലകാംക്ഷി ഫലകാംക്ഷിയോട് കൂ ഫലത്തിൽ കാംക്ഷയുള്ളത് എന്ന് പറയും അപ്പൊ നമ്മളൊരു ഏതൊന്നുമായിട്ടുള്ള ചേർച്ചയില് നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടില് ഇത് ഉണ്ടായിരുന്നുവെങ്കില് അതങ്ങനെ അവിടെ കിടക്കും എന്നിട്ടോ അതങ്ങനെ അതിന്റെ അടിത്തട്ടിൽ അങ്ങനെ ഉറഞ്ഞു ഈ ചില വെള്ളമൊക്കെ ഇങ്ങനെ കലക്കി വെച്ചു കഴിഞ്ഞാൽ ഉണ്ടാവല്ലോ അത് അടിത്തട്ടില് കൂടുന്നത് പോലെ അതങ്ങനെ കൂടി നിൽക്കും പിന്നെ ഇതാണ് ഇടയ്ക്കിടയ്ക്ക് പൊങ് പൊങ്ങി വന്ന് നമ്മളിങ്ങനെ ഓരോന്നും ഓർമ്മിപ്പിക്കുന്നത് അപ്പോഴേ ഓരോരോ ഇടയ്ക്ക് പോയിട്ട് നിന്റെ സ്വത്ത് ചോദിക്കാൻ പറയുന്നതും കഷ്ടപ്പെടുന്നത് കണ്ടില് എന്താ നീ ഇണക്കൊന്ന് പോയി ചോദിച്ചൂടെ എന്നൊക്കെ അപ്പം ഇവരാണെങ്കിൽ എന്ത് കണ്ടിട്ടാണ് അങ്ങോട്ടേക്ക് വന്നത് ഇവരുടേതായിട്ടുള്ള സ്വത്തും കാര്യങ്ങളും ഒക്കെ എന്നാൽ പിന്നെ നിങ്ങൾ അത് ചോദിക്കൂ അതെന്താ ചോദിക്കാത്തത് നിങ്ങളുടെ അവരുണ്ടല്ലോ ഇവരുണ്ടല്ലോ അതുണ്ടല്ലോ ഇതുണ്ടല്ലോ എവിടെയും ഈ ഫലചിന്തയാണ് എല്ലാ നമ്മുടെ സ്വസ്ഥതയും നശിപ്പിക്കുന്നത് എന്ന് പറയും അതുകൊണ്ടാണ് ഗീത ഇതിന് ഇത്ര ഊന്നൽ കൊടുക്കുന്നത് എല്ലാ ഏത് ഇപ്പം നമ്മുടെ നമ്മുടെ കുട്ടി ഇതാ പരീക്ഷ എസ് എസ് എൽ സി ഒരു നാലഞ്ച് ദിവസങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പിന്നെ നമ്മുടെ ചിന്ത എന്താണെന്നറിയാം നമ്മുടെ കുട്ടിയുടെ മാർക്ക് മാത്രമല്ല അടുത്ത നമ്മളുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത കുട്ടികളുടെയൊക്കെ മാർക്കിൽ നമ്മുടെ കുട്ടിക്ക് എന്ത് മാർക്ക് കിട്ടുന്നു എന്നുള്ള ഒരു വിഷയമല്ല അതല്ല ആദ്യം അന്വേഷിക്കുക ആദ്യം ചോദിക്കുന്ന മാർക്ക് വേറെ ഏതൊക്കെയാണ് എന്തുകൊണ്ടാണ് ഫലകാമന നമുക്കുണ്ട് എന്ന് പറയാം ഇതൊക്കെ രാജസികമായിട്ടുള്ളതാണ് അതുകൊണ്ട് ഭഗവാൻ പറയുന്നു എന്താണ് സ പാർത്ഥ രാജ അല്ലയോ അർജുന അത് രാജസികമായിട്ടുള്ളതാണ് രാജസിയാണ് നമുക്ക് തെരഞ്ഞെടുക്കാം ഭഗവത്ഗീതയിൽ ചോയ്സ് ഉണ്ട് എന്ന് പറയാം നമുക്കേത് വേണമെങ്കിലും നമുക്ക് തെരഞ്ഞെടുക്കാം പറയാം തുടർന്ന് യയാ സ്വപ്നം ഭയം ശോകം വിഷാദം യപ്നം ഭയം ശോകം വിഷാദം മതമേവ നമുഞ്ചതി ദുർമേധൃതി സാ പാർത്ഥ താമസമായിട്ടുള്ള ധൃതിയെക്കുറിച്ച് പറയുന്നു അല്ലയോ അർജുന ഹേ പാർത്ഥ ദുർമേധ ദുർമേധ എന്ന് പറഞ്ഞാൽ ദുഷ്ടബുദ്ധി ആയുർവേദത്തിലെ ദുർമേധസ് അല്ല അത് അധികം എന്താ പറയുക കൊഴുപ്പാണ് എന്ന് പറയാം അതിന് ചികിത്സാദികളൊക്കെ ഉണ്ട് ഇതിന്റെ ചികിത്സ വളരെ സൂക്ഷ്മമാണ് അത് കുഴമ്പ് കൊണ്ടോ തിരുമലുകൊണ്ടോ ഒന്നും അത് അതിനെ ശരിയാക്കാം ഇതിനെ ശരിയാക്കാം വിചാരം വേണമെന്ന് പറയാം ഇപ്പൊ ദുർമേധ ദുഷ്ടബുദ്ധിയായിട്ടുള്ള അവൻ യയാ സ്വപ്നം യയാ യാതൊന്നുകൊണ്ട് അവന്റെ മേധസ്സുകൊണ്ട് മേധ മേധ കൊണ്ട് അവൻ എന്താ ചെയ്യുന്നത് സ്വപ്നം സ്വപ്നം എന്ന് പറഞ്ഞാല് സംസ്കൃതത്തില് സ്വപ്നം എന്ന് പറയുമ്പം നിദ്ര എന്നാണ് ഉറക്കം എന്നാണ് സ്വപ്നത്തെ ഉറക്കത്തെയും ഭയം ഭയത്തെയും ശോകം ദുഃഖത്തെയും വിഷാദം വിഷാദം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ക്ഷീണാവസ്ഥ മനസ്സിന്റെ ക്ഷീണത്തെയും മത മതത്തെയും ഇതിനെയൊക്കെ നവിമുഞ്ചതി വിടുന്നില്ലയോ അപ്പൊ ഇവനിൽ എന്തൊക്കെയാണുള്ളത് ദുഷ്ടബുദ്ധിയാണിവൻ ഇവന്റെ ബുദ്ധി ശരിയല്ല എന്ന് പറയാം ഒരു പ്രകാരത്തിലും മറ്റുള്ളവന്റെ ഉയർച്ചയോ അതെന്തോ ഒരു വിഷമാണത് അതൊരിക്കലും ഒരു വലിയ ധനികൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ കൃഷി സ്ഥലമുണ്ട് ധാരാളം ആ കൃഷിസ്ഥലത്ത് കുറച്ച് ജോലി ചെയ്യേണ്ട ആവശ്യത്തിലേക്കായിട്ട് കുറേ ആളുകളെ വിളിച്ചു ജോലി ചെയ്യാൻ അപ്പം അവരങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു രാവിലെ വിളിച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് അപ്പം ഒക്കെ വെട്ടി വൃത്തിയാക്കുകയാണ് അപ്പോൾ ഉച്ച ഉച്ചയായ സമയത്ത് അദ്ദേഹം നോക്കിയപ്പോൾ ഈ ജോലി ഇന്ന് തീരും എന്ന് തോന്നില്ല ഇത്ര ആളെ കൊണ്ട് ഇത്രയാളെ കൊണ്ട് അപ്പം അദ്ദേഹം കുറച്ച് ആളുകളെയും കൂടെ വിളിച്ചു അവരെയും കൂടെ ഉൾപ്പെടുത്തി അവരും ചെയ്യാൻ തുടങ്ങി അവരും ചെയ്തു ഏകദേശം ഒരു നാലര മണിയൊക്കെ ആയപ്പം ഒരു ആറ് മണി കൊണ്ട് ഇത് തീരും തോന്നുന്നില്ല മുഴുവനാവുന്നില്ല അപ്പം ഒരു കാര്യം ചെയ്യുക കുറച്ച് പേരെയും കൂടെ വിളിച്ചു അങ്ങനെ ഒരു ആറ് ആറരയൊക്കെ ആയപ്പോഴേക്കും ജോലി മുഴുവൻ കഴിഞ്ഞു അപ്പോൾ എല്ലാം ഒരുപാട് ആളുകൾ വന്നു അപ്പോൾ ഇദ്ദേഹം എല്ലാവർക്കും കൂലി കൊടുത്തു കൂലി കൊടുത്തത് ഒരുപോലെയാണ് പക്ഷെ ഓരോരുത്തർക്കും കൊടുത്തത് നല്ലവണ്ണം കൊടുത്തിട്ടുണ്ട് രാവിലെ മുതൽ പണിയെടുത്തവനും എത്രയാണോ ദിവസം കൂലി നിശ്ചയിച്ചിട്ടുള്ളത് അതിലും ഒരു അമ്പത് രൂപ അധികം വെച്ച് അയാൾ കൊടുത്തു പക്ഷേ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആറു മണിവരെ ജോലി ചെയ്തവന് കിട്ടിയത് ഇത്ര വെറും നാല് മണി മുതൽ ആറു മണിവരെ രണ്ട് മണിക്കൂർ ചെയ്തവന് ഇത്രയെ കിട്ടി അപ്പം അയാൾ ചോദിച്ചു അല്ല സാറേ ഇതെന്താണിത് അതെന്താ നിനക്ക് കൂലി കുറഞ്ഞോ ഇല്ല പിന്നെ അല്ല അയാക്ക് ഞങ്ങൾ രണ്ട് മണിക്കൂർ അല്ലെ അവര് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് അവർക്ക് ഇത്ര ഞാൻ ചോദിച്ചത് നിനക്ക് കൂലി കുറഞ്ഞു എന്നാ അല്ല എനിക്കിത് മതി അല്ല എന്നാലും അവർക്ക് അല്ലെ ഇതൊരു വലിയ പ്രശ്നമാണത് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ അമ്പലത്തിൽ പോയി നമുക്ക് തിരുവേനി പ്രസാദം തന്നു അപ്പോഴാണ് അപ്പുറം ഇരിക്കുന്ന ആക്ക് തൂശനയിലേക്ക് കൊടുത്ത് അതെന്താ തന്നെ അപ്പൊ ഞാനെന്ത് ഇസ്പേഡ് ഏഴാം കൂല്ലിയോ അല്ലേ അപ്പൊ മറ്റവന് കിട്ടുന്നതിൽ കിട്ടുന്ന സമയത്താണ് എനിക്ക് എന്നിൽ സംഘർഷം ഉണ്ടാവുന്നത് എന്നില് യുദ്ധം ഉണ്ടാവുന്നത് എന്താ ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നാല് അല്ല ഞങ്ങൾ സ്ഥിരം അങ്ങനെ എന്ത് സ്ഥിരം ഇരിക്കുന്നവര് അങ്ങനെ സ്ഥിരമൊന്നുമില്ല അല്ല ഞങ്ങൾ കുറച്ച് ഇത് നിങ്ങളിപ്പോഴല്ലേ അത് അങ്ങനെ എന്താ ഇപ്പം ഞങ്ങളിപ്പോഴാണ് അറിഞ്ഞത് അതായത് അന്നും കസേരയ്ക്ക് തന്നെയാണ് അടി ഇന്നും കസേരയ്ക്ക് തന്നെയാണ് അടി എന്ന് പറയാം അല്ലേ ദുര്യോധനനും കസേരയ്ക്കായിക്കൊണ്ട് തന്നെയാണ് യുദ്ധം ചെയ്തത് ഇപ്പോഴും കരയോഗത്തിലും നടക്കുന്നത് എന്താണ് കസേരയ്ക്ക് തന്നെ എന്ന് പറയാം അത് വലിയൊരു ചിഹ്നാണ് ക്ഷണിക്കണേ സ്വാമി എല്ലാം അറിയുന്നുണ്ട് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ആവശ്യത്തിന് കിട്ടിയോ കുഴപ്പമില്ല പക്ഷേ നമ്മളേക്കാൾ അയാൾക്ക് അധികം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ രണ്ടുപേരും ഒരുമിച്ചാണല്ലോ ഒരുമിച്ചല്ല ഒരുമിച്ചല്ലോ വന്നത് ഞാൻ കൂടുതൽ ചെയ്തു എന്നിട്ട് എനിക്ക് ഇത്രയുള്ളൂ അപ്പൊ അവന് കിട്ടി ഇത് ഇതാണ് ദുഷ്ടബുദ്ധി നമുക്ക് എപ്പോഴും അങ്ങനെയാണെന്ന് പറയാം പല ഇത് ഇതിൻ്റെ ഇത് ഇരിക്കുന്നത് പല പ്രകാരത്തിലെ വീട്ടിലൊക്കെ നമ്മുടെ സ്വന്തം ആ ബന്ധത്തിലുണ്ടല്ലോ ചേട്ടത്തി അനിയത്തിയാണെങ്കിൽ സ്വാമി പറഞ്ഞു തരാം ചേട്ടത്തിക്ക് ഒരാൺകുട്ടിയും പെൺകുട്ടിയും അനിയത്തിക്കോ രണ്ടും പെൺകുട്ടി അപ്പോൾ ഒരു പ്രശ്നമാണ് എന്തോ ഒരു പ്രശ്നം എന്താണെന്ന് മനസ്സിലാവുന്നില്ല അല്ലെങ്കിലും അവൾക്ക് അങ്ങനെയാ അല്ലെങ്കിൽ അവളുടെ സ്വഭാവം അങ്ങനെയായതുകൊണ്ട് അവക്കിങ്ങനെയായത് അവക്ക് എല്ലാറ്റിനും കുശിമ്പാണ് അതുകൊണ്ട് ഭഗവാൻ അങ്ങനെ കൊടുത്തു ഇങ്ങനെ വിവരക്കേട് പറയാൻ ഇവരും ഇവരുടെ വിചാരം ഇവരെന്തോ വലിയ തപസ്സൊക്കെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയതെന്നും അങ്ങനെ കുട്ടികൾ ഉള്ളവരോട് അങ്ങനെ ഇല്ലാത്തവരോട് അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ് പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഇങ്ങനെ എല്ലാറ്റിനും നമ്മുടേതായിട്ടുള്ള അജ്ഞാനത്തിൽ നിന്നുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങൾ ഇതൊക്കെ എന്താണ് ദുഷ്ടബുദ്ധിയുടെ ലക്ഷണങ്ങൾ